ശിവസമാരംഭാം to his way in ഉപനിഷ് ഭാഷ്യം സംബന്ധ ഭാഷ്യമാണ് സംബന്ധ ഭാഷത്തിൽ ആദ്യം വരുന്നത് മംഗളാചരണംവം guru തസ്മ ജ ഗുരുപൂർവം പദവാക്ണതാഖ്യേദാന്ത പ്രണതോസ്മ്യഹം തൈത്രിയഗസാരസാചാര്യതീന വ്യേയം സമ്പണീയത്തെ ചൈത്രി വൻഷത്തിന് എന്റെ ഭാഷത്തിൽ ഉള്ള മംഗളാചരണം ഉണ്ട് മംഗളാചരണം ശ്ലോകരൂപത്തിൽ മാണ്ഡുപ്യത്തിനും അതുണ്ടായിരുന്നു എല്ലാ സ്ഥലത്തും ഭാഷകാരൻ മംഗളാചരണം ശ്ലോകരൂപത്തിൽ എഴുതാറില്ല ചരണം ആയൊരു ശബ്ദം ഉപയോഗിച്ചാലും മതി ഏതാണോ ആദ്യം വരുന്ന ശബ്ദം അതേ തന്നെ മംഗളാചരണം ഭാഷകാരനെ സംബന്ധിച്ച് പക്ഷെ ഇവിടെ ഇതിന്റെ സംബന്ധ ഭാഷ ആമുഖമായി പറയുന്ന ഭാഷ അതിന് മംഗളാചരണം ചെയ്തിരിക്കുകയാണ് കൈത്രിപംശത്തിൽ ം വരുന്നത് ശിക്ഷല്ലി ശിക്ഷി ആനന്ദവല്ലി ഭൃഗവല്ലി അങ്ങനെ മൂന്ന് ഭാഗങ്ങളായിട്ടാണ് കൃഷ്ണയുർവേദത്തില് കൃഷ്ണയജുദത്തില് ീയ ബ്രാഹ്മണം ആരണ്യകം തൈത്രിയ സംഹിത അങ്ങനെ മൂന്ന് ഭാഗങ്ങൾ അതിന് തൈത്തിരി ആരണ്യകത്തിൽ വരുന്ന ഭാഗങ്ങളിൽ മൂന്നാണ് മൂന്നിനെയാണ് ഇവിടെ തൈത്രി ഉപനിഷത്ത് എന്ന് വേർതിരിച്ചിട്ട് ഭാഷകാരം വ്യാഖ്യാനിച്ചത് ഇതിനുശേഷം വരുന്ന ഭാഗമാണ് കൈവല്യ ഉപനിഷത്ത് ും ദൈദ്യാരണ്യത്തിൽ വരുന്നതാണ് ശുക്ലയുർവേദത്തിലാണ് അവസാനമായി വരുന്നതാണ് ഈശാവാസ്യ മനുഷ്യ യജുർവേദം വളരെ വലുതാണ് ദൃതാരണ്യം അല്ലാതിനകത്ത് വരുന്നു അതിൽ കൃഷ്ണയജുർവേദത്തിൽ വരുന്ന ഭാഗങ്ങളാണ് ഉപനിഷത്തായി ഇവിടെ ഇത് മൂന്നിനും തൈത്രി ഉപനിഷത്ത് എന്ന് പ്രാധാന്യം വരാൻ കാരണം ഭാഷകാരൻ വ്യാഖ്യാനിച്ചുകൊണ്ട് അതിനുശേഷം വരുന്ന ഉപനിഷത്തുകളും വളരെ പ്രാധാന്യമുള്ളതാണ് പക്ഷെ അത് ദിശ ഉപനിഷത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഭാഷകാരൻ വ്യാഖ്യാനിച്ചത് കൊണ്ട് ഇതിന് ദശോപനിഷത്ത് സ്ഥാനം കിട്ടി തിരി എന്ന് പറയുന്ന ആചാര്യ കൃഷി ഉപദേശിച്ചത് കൊണ്ട് തൈത്തിരിയം എന്നു പേര് വന്നു തിരണ പ്രോക്തം പണ്ണി അതിന് നിയമം ഉണ്ടാക്കിയിട്ടുണ്ട് തിരി പറഞ്ഞതുകൊണ്ട് ഉപദേശിച്ചതുകൊണ്ട് തൈത്തിരിയം എന്നു പേര് വന്നു വിഷ്ണുപുരാണത്തിനും മറ്റും സംബന്ധിച്ച കഥകളൊക്കെ പറയുന്നുണ്ട് പക്ഷെ അതിന്റെ കഥയുടെ താല്പര്യം ഇതാണ് തിരി ഉപദേശിച്ചു എന്നുള്ളതാണ് അതിന്റെ ആ കഥയ്ക്ക് ഒരു പ്രാധാന്യം ഇപ്പോ കഥ പുരാണത്തിൽ പറയുന്ന കഥയാണത് വൈസംബനന്റെ ശിഷ്യൻ ആജ്ഞവൽക്കൽ മറ്റ് ശിഷ്യന്മാരുണ്ടായിരുന്നു ഇരുപത്തിയേഴോ മറ്റു ശിഷ്യന്മാരുണ്ടായിരുന്നു എല്ലാ ശിഷ്യമാരും ഒരു തീരുമാനമെടുത്ത് മേരുപർവ്വതത്തിലേക്ക് ഒരു യാത്ര ചെയ്യണം അത് ഏഴ് ദിവസത്തിനകം അവിടെ എത്തിച്ചേരണം തീരുമാനിച്ചു വൈശംബായൻ എത്തിച്ചേരാൻ കഴിഞ്ഞില്ല വൈശംബായൻ മുമ്പ് പറഞ്ഞ അനുസരിച്ച് എത്തിച്ചേരാത്തൊരു പ്രായശ്യത്വം ചെയ്യണം അപ്പം വൈശംബായനൻ ചെയ്യേണ്ടി വന്നു ശിഷ്യന്മാരെ വിളിച്ചിട്ട് പ്രായശ്യത്വം ചെയ്യാൻ ആവശ്യപ്പെട്ടു യാജ്ഞ പ്രായച്ചത്വം ചെയ്യാമായിരുന്നു പക്ഷേ അങ്ങയുടെ ഈ ഒന്നിനും കൊള്ളാത്ത ശിഷ്യന്മാരോടൊപ്പം എനിക്ക് പ്രായസത്തും ചെയ്യാൻ കഴിയില്ല ഞാൻ വേണമെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് ചെയ്യാം പക്ഷേ ഇവരോടൊപ്പം ചെയ്യാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞു പൈസ വായന കോപിച്ച് തൻ്റെ ശിഷ്യന്മാരെ ഒന്നിനും കൊള്ളാത്തവരെന്ന് പറഞ്ഞു ആ ദേഷ്യത്തിൽ പറഞ്ഞു എന്താണോ നീ ശിഷ്യനല്ല കാരണം അത് രാജ്ഞാൻ ഹങ്കാരമാണെന്ന് കണ്ടുകൊണ്ട് ശിഷ്യനെല്ലാം നീ ഗുരുകുലം വിട്ട് സ്ഥലമിടണം വെക്കിനും ആ എന്നാൽ വേണ്ട തന്റെ ഗ്രഹിച്ച എല്ലാ വിദ്യയും വിതാ എന്ന് പറഞ്ഞ അതെല്ലാം ശർദ്ദിച്ചു കൊടുത്താണ് വിദ്യ ശിഷ്യന്മാരെല്ലാം തിത്തിരി പക്ഷികളുടെ രൂപത്തിൽ അതിനെ ഭക്ഷിച്ചു വിദ്യം കഥയാണ് ഭാഷകാരൻ ആ കഥയെ കുറിച്ചൊന്നും പറയുന്നില്ല ഇപ്പൊ രണത്തിൽ വരുന്ന കഥയാണ് അതിന് തൈത്തരീയ എന്ന് പറയുന്ന പേര് വരാൻ കാരണം നീ അതിന്റെ ഭാഷാനിയമനുസരിച്ച് ിത്തിരി എന്ന് പറയുന്ന മഹർഷി ഉപദേശിച്ചു അതിന്റെ മംഗളാചരണത്തിൽ പറയുന്നു ഇതിന്റെ ആദ്യത്തെ ഭാഗം ശിക്ഷ വല് അതിലുപാസനകളെ കുറിച്ച് മറ്റും പറയുന്നത് അവിടെ അദ്വൈതം ഒന്നും കാര്യമായി ചർച്ച ചെയ്യുന്നു തുടർന്നു വരുന്ന രണ്ടു ഭാഗങ്ങളിലാണ് മംഗളാജരസ്മാജ്ജാതം ജഗത്സവം യന്നേവത്തെ ഇനേദം ധാരയത ജ്ഞാത്മനേ നമ യസ്മാഗത് സർവം ഏതെന്നാണോ തസ്മൈ ജ്ഞാനാത്മനെ പറയും ആ ജ്ഞാനസ്വരൂപനായ പരമാത്മാവിൽ നിന്നോ ജാതം ജഗത്സർവം ഏതെന്നാണോ ഉണ്ടായത് ജഗത്സർവം സമ്പൂർണ്ണ ജഗത്ത് ഏതിനാണോ നിലനിൽക്കുന്നത് ഏതിനാണോ വിലയിക്കുന്നത് ആർക്കാണ് ഇവിടെ പറയുന്നത് സൃഷ്ടിയെ കുറിച്ച് പറയുമ്പോൾ രണ്ടു തരത്തിൽ നിമിഷം ഒന്നെന്താണോ ജന്മാധ്യസിയ ചർച്ച ചെയ്താണ് ഏതാണോ ഇതിന്റെ ജന്മാദികൾ സംഭവിക്കുന്നത് യഥോ വായുമാനി ഭൂതാനി ജയന് ാണോ ഇതെല്ലാം ഉണ്ടാകുന്നത് മറ്റൊന്നും പറയും എന്താണോ ആരാണോ ഇതിനെല്ലാം സൃഷ്ടിച്ചത് അങ്ങനെയും പറയും ജഗത്തിന്റെ ഒരു സൃഷ്ടി കർത്താവിനെ കുറിച്ച് പറയും ഒരാൾ സൃഷ്ടിക്കുന്നു ഈശ്വരൻ ജഗത്തിനെ സൃഷ്ടിക്കുന്നു എന്ന് പറയും അപ്പൊ ജഗത്തിനെ അങ്ങനെ സൃഷ്ടിക്കണമെങ്കിൽ സൃഷ്ടിക്കുന്ന ആള് സർവജ്ഞനും സർവ്വശക്തനും ആയിരുന്നാലേ കഴിയത്തുള്ളു ആ സൃഷ്ടിയെ കുറിച്ച് പറയുന്നു അവിടെ സൃഷ്ടികൾത്താവ് ഈശ്വരൻ സർവജ്ഞനായ ഈശ്വരൻ ജഗത്തിനെ സൃഷ്ടിക്കുന്നു അത് ഉപംശത്തിന്റെ ഒരു കാഴ്ചപ്പാടാണ് കാരണം വിചിത്രമായ ജഗത്തിനെ സൃഷ്ടിക്കുന്നതിന് സർവജ്ഞനായ ഒരാൾക്ക് മാത്രമേ എഴുതുള്ളൂ അത് സർവജ്ഞനായ ഒരു ഈശ്വരനുണ്ട് സൃഷ്ടിക്കുന്നതിന് വേണ്ടി സിഷ്യസ്ഥിതി സംഹാരകനായിട്ട് ഇനി മറ്റൊരു തരത്തിൽ പറയുന്നെന്താണോ യസ്മാർത്താവിനെ കുറിച്ച് പറയുന്നില്ല ജ്ഞാനാത്മനെ ഏതൊരു ജ്ഞാന സ്വരൂപത്തിൽ നിന്നാണോ ഇത് ജാതമായത് പ്രകടമായത് എന്ന് പറയുമ്പോ അവിടെ സൃഷ്ടികർത്താവായ സർവീശ്വരനായ നമ്മുടെ സങ്കല്പത്തിൽ വരുന്ന ഒരു ഈശ്വരൻ അതവിടെയില്ല അങ്ങനെ ഒരു സൃഷ്ടികർത്താവ് ആവശ്യം ഇവിടെ ഇല്ല പിന്നെന്താണോ ജ്ഞാനാത്മനെ ജ്ഞാനസ്വരൂപം ജ്ഞാനസ്വരൂപനായിരിക്കുന്ന ഒരുവനിൽ നിന്നും ഇതെണ്ണം പ്രകടമാകുന്നു മാണ്ഡൂക്യത്തിനും മറ്റും പറയുന്നത് അവിടെ ഒരു വേറിട്ടൊരു ഈശ്വരനെ കുറിച്ച് ചിന്തിക്കുന്നില്ല ജ്ഞാനം എന്ന് പറയുന്നത് എന്താണോ തന്റെ സ്വരൂപം തന്നെ ജ്ഞാനമാണ് ഇതിനെ ബോധിപ്പിക്കുന്നത് ജ്ഞാനത്തിലാണ് ഇത് നിലനിൽക്കുന്നത് ജ്ഞാനത്തിൽ തന്നെ ഇത് വിലയിക്കുന്നത് അപ്പൊ ആ ജ്ഞാനം എന്ന് പറയുന്നത് തന്റെ സ്വരൂപം തന്നെ തന്നിൽ നിന്നാണ് സൃഷ്ടിയുണ്ടായത് മറ്റൊരു താൻ എന്ന് പറയുമ്പോ ജീവഭാവത്തിലല്ല ജീവൻ സൃഷ്ടിക്കാൻ ശേഷമില്ല പക്ഷെ ജ്ഞാനസ്വരൂപനായ തന്നിൽ നിന്ന് സൃഷ്ടിയുണ്ടാകുന്നു അതവിടെ സൃഷ്ടിക്കുകയല്ല അവിടെ പ്രകടമാകുന്നു അതിൽ നിന്ന് ജാതമാകുന്നു പ്രകടമാകുന്നു യസ്മാ ഏതൊരു ജ്ഞാനസ്വരൂപത്തിൽ നിന്നാണോ എന്താണ് ആശ്രയിച്ച് സൃഷ്ടി നില്ക്കുന്നു അറിയുന്നത് കൊണ്ട് സൃഷ്ടി നില്ക്കുന്നു വാജ്ഞാനം തന്റെ സ്വരൂപമാണ് അങ്ങനെ ഏതൊരു സ്വരൂപത്തിൽ നിന്നാണോ ഈ സൃഷ്ടി സംഭവിച്ചത് ജഗത് സർവും സമ്പൂർണ്ണ പ്രപഞ്ചവും ഈ ശരീരം ഉൾപ്പെടെയുള്ള സമ്പൂർണ്ണ പ്രപഞ്ചവും യസ്മിൻ ഏതെന്തിനാണോ അത് വിലയിക്കുന്നത് ജാഗ്രതത് പ്രകടമാകുന്നു സൃഷ്ടിത് വിലയിക്കുന്നു അവിടെ ഒരു വേറിട്ടൊരു സൃഷ്ടികർത്താവുന്നുണ്ട് ജ്ഞാനത്തിൽ നിന്നത് പ്രകാശിക്കുന്നു ജ്ഞാനത്തിലിത് വിനയം പ്രാപിക്കുന്നു ഏനേദം ധാരിയതേ ജ്ഞാനം ഇതിനെ നിലനിർത്തുന്നു ജാഗ്രത്തിലേക്ക് വരുമ്പോ അറിയാം ഇത് ജഗത്സർവം ജാതമാകുന്നു ജാഗ്രതത്തിൽ ഉടനീളം അത് നിലനിൽക്കുന്നു വീണ്ടും സുഷുപ്തയിലേക്ക് പോകുമ്പോ അത് വിലയിക്കുന്നു യസ്മിൻ പ്രലീയത്തെ വിലയിക്കുന്നു ആ ജ്ഞാന സ്വരൂപത്തെ നമിക്കുന്നു താൻ തന്നെ തന്നെ നമിക്കുന്നു ഈ ജഗത്തിന്റെ പരമാർത്ഥം വാസ്തവം താൻ തന്നെ അതുപോലെ ജഗത്സർവം അപ്പം നാനാരൂപത്തിലുള്ള ചിന്തിക്കാൻ കഴിയാത്തതായ വൈചിത്രങ്ങളുള്ള ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചിരിക്കുന്നത് അജ്ഞാനം തന്നെയാണ് സസ്വരൂപമായിരിക്കുന്ന ആജ്ഞാനം തന്നെയാണ് അത് തന്നെയാണ് ആത്മാവ് അത് തന്നെയാണ് പരമാത്മാവ് അതിൽ നിന്ന് അന്യമായിട്ടൊരു സൃഷ്ടികർത്താവില്ല മലച്ച എങ്ങനെയാണ് ജീവൻ അവൻ അല്പജ്ഞനാണ് അവൻ തന്നിൽ നിന്നും അന്യനായ ഒരു സൃഷ്ടികർത്താവ് കാണും സർവജ്ഞനായ ഒരു ഈശ്വരൻ അതും ശ്രുതിയുടെ ഒരു കാഴ്ചപ്പാടാണ് പക്ഷെ അതിന്റെ തത്വം അല്പജ്ഞനായ തന്റെയും സർവജ്ഞനായിരിക്കുന്ന ഈശ്വരന്റെയും തത്വം തന്നെ എന്താണ് ജ്ഞാനം ആ ജ്ഞാനത്തിലാണ് ഈ സർവ്വ സങ്കല്പങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത് ബന്ധമോക്ഷങ്ങളെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ ജീവൻ ഈശ്വരൻ എന്നീ സങ്കല്പങ്ങൾ തുടർന്ന് നാമരൂപാത്മകമായ ഈ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള സങ്കല്പം ഇതെല്ലാം തന്നിൽ സ്വസ്വരൂപത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പൊ ഇവിടെ നമസ്കരിക്കാൻ ഈ ജ്ഞാനമല്ലാതെ മറ്റൊന്നുമില്ല അതുകൊണ്ടാണ് എന്തിനു നമസ്കരിക്കണം തന്നെ നമസ്കരിക്കുന്ന എന്തിനു കാരണം തന്നല്ലാതെ മറ്റൊന്നുമില്ല ഇവിടെ നമസ്കരിക്കും നമസ്കരിക്കുന്നു കാരണം ഈ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ അതിനെ നടത്തിക്കുന്നു അതതിന്റെ മഹത്വമാണ് അതിന്റെ മഹിമ ആ മഹിമയെ ഗ്രഹിച്ചിട്ടു സ്വസ്വരൂപത്തെ ഇവിടെ നമസ്കരിക്കുകയാണ് ഒരു അദ്വൈതി എന്നുള്ള നിലയ്ക്ക് അദ്വൈതത്തിന്റെ ആ പരമമായ തത്വത്തെ വെളിപ്പെടുത്തുന്നു അതാണ് ഇവിടുത്തെ മംഗളാചരണത്തിന്റെ പ്രത്യേകത ജഗത്സർവം തസ്മൈ ജാത്മന ഏതു ഗുരുക്കന്മാരാണോ പൂർവാചാര്യന്മാരെ സ്മരിക്കുന്നു അതായത് താൻ ജ്ഞാനസ്വരൂപമാണ് തന്നിലാണ് സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ നടക്കുന്നത് അപ്പൊ തനിക്ക് നമസ്കാരിനായിട്ട് താൻ മാത്രമേ ഉള്ളൂ എന്ന് കരുതുമ്പോൾ ഈ വിദ്യ വിദ്യയുടെ സമ്പ്രദായം ആചാര്യന്മാർ ഇതിനെല്ലാം നിഷേധിക്കുകയാണോ അതല്ല അവരെയും നമസ്കരിക്കേണ്ടിയിരിക്കുന്നു പരമാർത്ഥം തത്വം അതാണെങ്കിലും ആ തത്വത്തെ വെളിപ്പെടുത്തുന്ന ഈ ആചാര്യത്തെ ആചാര്യന്മാരെയും പരമ്പരയെയും അവരെയും നമസ്കരിക്കേണ്ടിയിരിക്കുന്നു കാരണം അവരിലൂടെയാണ് ഈ തത്വം വെളിപ്പെടുന്നത് അതുകൊണ്ട് ആചാര്യന്മാരെ നമസ്കരിക്കുന്നു ഏ ഗുരുഭി പൂർവം ഏത് ഗുരുക്കന്മാരാണോ മുമ്പ് പദവാക്യപ്രമാണത വ്യാഖ്യാത ഇത് പലതരത്തിൽ വ്യാഖ്യാനിച്ചിട്ടുണ്ട് മുമ്പും പിമ്പും ഭാഷ്യകാരൻ എല്ലാ വ്യാഖ്യാനങ്ങളെയും അംഗീകരിക്കുന്നില്ല പദം വാക്യം പ്രമാണമനുസരിച്ച് വ്യാഖ്യാനിച്ചവർ അതിനെല്ലാം അനുസരിച്ച് വ്യാഖ്യാനിച്ചവര് പദം പദശാസ്ത്രം വ്യാകരണം സംസ്കൃത വേകനത്ത് പറയുന്നത് പദശാസ്ത്രം എന്നാണ് കാരണം വേകനത്തിൽ പദങ്ങളുടെ വിത്പത്തിയാണ് പറയുന്നത് അതുകൊണ്ടതിനെ പദശാസ്ത്രം എന്ന് പറയുന്നു വ്യാകരണത്തിന്റെ മറ്റൊരു പേരാണ് പദശാസ്ത്രം ഓരോ പദവും എങ്ങനെ നിഷ്പന്നമാകുന്നു അതിന്റെ ധാതുവിൽ നിന്ന് തുടങ്ങി അതിന്റെ നാനാരൂപങ്ങൾ അതറിയുന്നവർ അതറിയുന്നവർക്ക് വ്യാഖ്യാനിക്കാൻ പറ്റും പദശാസ്ത്രത്തെ അറിയാത്ത ഒരാൾക്ക് ഇതിന് വ്യാഖ്യാനിക്കാനൊക്കെ തന്നെ എന്തുകൊണ്ട് ഭാഷ ഭാഷയുടെ നിയമം അതറിഞ്ഞിരിക്കും അറിയാത്തവരും വ്യാഖ്യാനിച്ചിട്ടുണ്ട് പിൽക്കാലത്ത് അവരെ ഭാഷകാരം അംഗീകരിക്കുന്നു അതറിഞ്ഞവർ വ്യാഖ്യാനിക്കുന്നു പിന്നെ വാക്യം വാക്യശാസ്ത്രം പദാർത്ഥം മാത്രമുണ്ട് കാര്യമൊന്നും പദാർത്ഥം ആ പദങ്ങളുടെ പരസ്പര ചേർച്ചയിലൂടെ എങ്ങനെയാണ് വാക്യാർത്ഥ ബോധം ഉണ്ടാവുന്നത് അന്ന് പറയും ഓരോ പദങ്ങളുടെ അർത്ഥം പറഞ്ഞിട്ട് വിശേഷമില്ല പരസ്പരം ബന്ധപ്പെടുമ്പോ അതിൽ നിന്നെന്ത് വാക്യാർത്ഥബോധം ഉണ്ടാകുന്നു അത് മുഖ്യമാണ് ഇവിടെ വാക്യാർത്ഥ ബോധത്തിനാണ് മുഖ്യം തത്വമസിഅഹം ബ്രഹ്മാസ്മി എന്നെല്ലാം പറയുന്നത് തത്വം അഹം ്രഹ്മ തുടങ്ങിയ പദങ്ങളുടെ അർത്ഥം മനസ്സിലാകുന്നതോടൊപ്പം വാക്യാർത്ഥം മനസ്സിലാകണം ആ രീതിയിലും ഇതിനെ വ്യാഖ്യാനിക്കുന്നുണ്ട് പദാർത്ഥവും വ്യാഖ്യാർഥം പക്ഷെ ആ വാക്യാർത്ഥബോധം ഉണ്ടാവണമെങ്കിൽ എങ്ങനെ സാധ്യമാകും വിശേഷിച്ചും വൈദിക ശബ്ദങ്ങളുണ്ട് ഇത് ലൗകിക ശബ്ദമുണ്ട് ലൌകിക ശബ്ദങ്ങളുടെ അർത്ഥബോധം നമുക്ക് പലതരത്തിലും ഉണ്ടാകാം ലോകത്തിൽ നിന്ന് തന്നെ ഉണ്ടാകാം വ്യവഹാരങ്ങളൊന്നും ഉണ്ടാകാം പലതരത്തിലും ഉണ്ടാകാം പക്ഷെ ഇത് സാധ്യമുണ്ടാകും ഇത് മീമാംസയിലൂടെ സാധ്യമാവും വേദവിചാരത്തിലൂടെയും സാധ്യമാവും അതിനു വേണ്ടിയിട്ടുള്ളതാണ് മീമാംസാ ശാസ്ത്രം മീമാംസാശാസ്ത്രത്തിൽ ചർച്ച ചെയ്യുന്നത് എന്താണോ ഈ വാക്യങ്ങളുടെ താല്പര്യം എന്താണോ അല്ലെങ്കിൽ ഈ വാക്യങ്ങൾക്ക് ഈ താൽപ്പര്യം എങ്ങനെ കിട്ടുന്നു അതിന്റെ നിയമങ്ങൾ എന്താണ് ആ വാക്യാത്സഞ്ജാനം ഉണ്ടായാൽ അവിടെ കർമ്മങ്ങളെ ശരിക്ക് ഗ്രഹിക്കാൻ പറ്റും കർമ്മം എന്താണ് ഫലം എന്താണ് കർമ്മവും ഫലവും തമ്മിലുള്ള ബന്ധമെന്താണ് കർമ്മം എങ്ങനെ അനുഷ്ഠിക്കണം ഇതെല്ലാം വേദത്തിൽ പറഞ്ഞിരിക്കുകയാണ് അത് വാക്യാത്സഞ്ജ്ഞാനം കൂടാതെ സാധ്യമല്ല അപ്പൊ ആ വാക്യാർത്ഥാനം എങ്ങനെയൊക്കെ സംഭവിക്കാം എങ്ങനെയാണ് വേദവാക്യങ്ങളിൽ നിന്ന് അർത്ഥത്തെ കണ്ടുപിടിക്കേണ്ടത് അത് ചർച്ച ചെയ്യുന്നതാണ് പൂർവ്വമീമാത്രം അപ്പൊ അതിൽ ജ്ഞാനമുള്ളവർക്ക് വ്യാഖ്യാനിക്കാൻ അവർ ആവശ്യമുള്ള വേദത്തെ വ്യാഖ്യാനിക്കുന്നു നമുക്ക് ലോകത്തിൽ പല കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ട് അതുകൊണ്ട് വേദത്തെ വ്യാഖ്യാനിക്കാൻ കഴിയത്തില്ല മീമാംസാ ശാസ്ത്രം തന്നെ അറിഞ്ഞിരിക്കുന്നു വേദവാക്യങ്ങളിൽ നിന്ന് അർത്ഥം നിഷ്പന്നമാകുന്നത് എങ്ങനെ എന്നുള്ള നിയമങ്ങൾ ആ മീമാംസാ ശാസ്ത്രത്തിലൂടെ തന്നെ ധരിക്കും അതുകൊണ്ടുതന്നെ ഭാഷ്യക്കാരനും ഉപനിഷത്തുകളെ വ്യാഖ്യാനിക്കുമ്പോൾ സർവത്ര അർത്ഥത്തെ കണ്ടുപിടിക്കുമ്പോൾ പൂർവ്വമീമാംസയുടെ നിയമങ്ങളെയാണ് സർവ്വത്ര പിന്തുടരുന്നത് പക്ഷെ പുറം ഇമാംസർ രണ്ടർത്ഥങ്ങളായിരിക്കില്ല കാണുന്നത് പക്ഷെ അതേ നിയമങ്ങളെ തന്നെ പിന്തുടർന്നുകൊണ്ട് അവിടെ വേറെ അർത്ഥത്തെ കണ്ടെത്തുകയാണ് പക്ഷെ ഏത് അർത്ഥത്തെ കണ്ടെത്തിയാലും ആ നിയമങ്ങളെ തന്നെ പിന്തുടരുന്നത് അതിനെ രണ്ടിനെ ആശ്രയിക്കുന്നു പദവും വാക്യവും വേകന് ശാസ്ത്രത്തെയും സർവത്ര വ്യാകരണശാസ്ത്രത്തിന് വിരുദ്ധമായ ഒരർത്ഥം പറയത്തില്ല മീമാംസ നിയമങ്ങൾക്ക് വിരുദ്ധമായി ഒരർത്ഥത്തെ വാക്യത്തിൽ ഒന്നും കണ്ടെത്തില്ല അപ്പൊ ഇത് നിർബന്ധമാണ് പദവും വാക്യവും അത് മാത്രം പോലെ പ്രമാണത പ്രമാണവും ആവശ്യമാണ് പ്രമാണം ന്യായശാസ്ത്രം വ്യാഖ്യാനിക്കണമെങ്കിൽ അതും ആവശ്യമാണ് കാരണം അനുമാന പ്രമാണത്തെ പലയിടത്ത് സ്വീകരിക്കേണ്ടി വരും അതുകൂടാതെ പലയിടത്തും അർത്ഥം ലഭിക്കാൻ പ്രയാസമാണ് വാക്യാർത്ഥത്തിൽ അതാവശ്യമാണ് അർത്ഥ നിഷ്പത്തിക്ക് പ്രമാണത്തെയും അനുമാനത്തെയും അനുസരിക്കേണ്ടി വരും വിശേഷിച്ചും അതീന്ദ്രിയമായ കാര്യങ്ങൾ അനുമാനത്തിലൂടെ അല്ലാതെ സ്ഥാപിക്കാൻ പ്രയാസമാണ് അതുകൊണ്ട് ഭാഷകാരനത് നിർലോഭമായി ഉപയോഗിക്കുന്നുണ്ട് അനുമാനം അല്ലെങ്കിൽ തർക്കം യുക്തി ഇതെല്ലാം പ്രമാണത്തിൽപ്പെടുന്ന കാര്യങ്ങളാണ് വാദം മുഴുവൻ പ്രധാനമായിട്ടും ആ യുക്തി ആശ്രയിച്ചാണ് മുമ്പോട്ട് പോകുന്നത് ഇത് മൂന്നും ഇനിയും ആശ്രയിച്ചാരാണോ ഇതിനെ വ്യാഖ്യാനിച്ചത് അവരെയാണ് ഉള്ള പൂർവാചാര്യന്മാരെന്ന് പറയുന്നത് തുടർന്ന് വ്യാഖ്യാനിക്കുന്നതും അങ്ങനെയുള്ളവരായിരിക്കണം ആ വ്യാഖ്യാനത്തിലൂടെ എന്തർത്ഥം അവർ ഗ്രഹിക്കുന്നു എന്നുള്ളതല്ല നോക്കി ആ വ്യാഖ്യാനത്തിന് അവർ എന്തിനെ ആശ്രയിച്ചെന്നുള്ളതാണ് മുഖ്യം പദവാക്യ പ്രമാണങ്ങളിലൂടെ ഒരേ അർത്ഥം തന്നെ വരണമെന്നില്ല പക്ഷേ അത് ഏതർത്ഥം ലഭിച്ചാലും ശരി അത് പദവാക്യ പ്രമാണങ്ങൾ അനുസരിച്ചായിരിക്കും അതാണ് അതാണ് മുമ്പും പിമ്പും ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് അങ്ങനെയുള്ള ഗുരുക്കന്മാരെ അപ്പോ പദവാക്യപ്രമാണങ്ങളിലൂടെ ഭക്ഷ്യകാരൻ ഉദ്ദേശിക്കുന്നത് എന്താണോ അദ്വൈത അർത്ഥത്തെ കണ്ടെത്തിയ ആചാര്യന്മാർ അവരെയാണ് പദവാക്യപ്രമാണങ്ങളിലൂടെ മറ്റെന്തെങ്കിലും അർത്ഥത്തെ കണ്ടെത്തിയവരും കാണും കാരണം അത് പദവാക്യപ്രമാണങ്ങൾക്കപ്പുറം അവരുടെ സംസ്കാരം അവരുടെ സാഹചര്യം ഇതെല്ലാം സ്വാധീനിക്കും അവരുടെ യോഗ്യത സ്വാധീനിക്കും അപ്പോൾ അതനുസരിച്ച് അർത്ഥത്തിന് വ്യത്യാസം വരാം പക്ഷെ അങ്ങനെ വന്നാലും അത് ഈ പദവാക്യ പ്രമാണങ്ങളെ കൊണ്ട് സാധൂകരിക്കപ്പെടുന്നതായിരിക്കും വെറും അബദ്ധം ആകാൻ വേദത്തെ വ്യാഖ്യാനിക്കുന്നത് ഇതിനനുസരിച്ച് തന്നെ ആയിരിക്കണം എന്നാണ് അപ്പം അതുകൊണ്ട് നമ്മൾ വേദവ്യാഖ്യാനങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ ആദ്യം അത് ഇതാരാ വ്യാഖ്യാനിച്ചിരിക്കുന്നതെന്ന് നോക്കും പദവാക്യപ്രമാണങ്ങൾ കുറിച്ച് അറിവുള്ളവനാണോ ഇത് വ്യാഖ്യാനിച്ചിരിക്കുന്നത് വ്യാകരണം മീമാംസ തർക്കശാസ്ത്രം ഇത് അറിയാവുന്ന ഒരാളാണോ എന്ന് ആണ് മുഖ്യമായി നോക്കേണ്ടത് ചില മനസ്സിൽ സംശയത്തിൽ നിന്ന് അതെന്തിനാ കൊത വാക്കിയ പ്രമാണങ്ങൾ വേണ്ടല്ലോ അവനവന്റെ അനുഭവം മതിയല്ല അനുഭവം നല്ലത് തന്നെയാണ് പക്ഷേ ആ അനുഭവം കൊണ്ട് പദവാക്കിയ പ്രമാണങ്ങൾ കൂടാതെ വേദത്തെ വ്യാഖ്യാനിക്കുന്നതിനുള്ള അധികാരമില്ല അനുഭവം ഉണ്ടെങ്കിൽ നല്ലത് ശിഷ്യന്മാർക്ക് ഉപദേശിക്കുക എന്നത് തന്നെയാണ് പക്ഷെ ഇവിടെ അങ്ങനെ ഉപദേശിക്കുക ഭാഷകാരൻ സ്വയം തന്റെ സിദ്ധാന്തങ്ങളെ പറയുകയല്ല അങ്ങനെ ഒരിടത്തും ഭാഷകാരൻ പറയുന്നത് ഇതെന്റെ അനുഭവമാണ് ഞാൻ എന്റെ അനുഭവത്തെ സ്പദമാക്കി ഞാൻ പറയുന്നു എന്നിടത്തും പറഞ്ഞിട്ടില്ല എന്തുകൊണ്ട് കാരണം ഭാഷകാരൻ വേദത്തെ വ്യാഖ്യാനിക്കാൻ വേദത്തെ വ്യാഖ്യാനിക്കുകയും പറയുന്നത് ഇതെന്റെ അനുഭവമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തർക്കും അവരവരുടെ അനുഭവം എന്ന് പറഞ്ഞ് എന്ത് വേണോ പറയാം മറ്റൊരാൾക്ക് അത് ശരിയാണോ തെറ്റാണോ എന്നുള്ള പരിശോധിക്കുന്നതിന് അവസരം കിട്ടത്തില്ല ഞാൻ പറയുന്നത് എന്റെ അനുഭവമാണ് അത് ശരിയെന്നോ തെറ്റെന്നോ പറയാൻ വേറൊരാൾക്ക് അവകാശമില്ല പക്ഷെ പദവാക്യ പ്രമാണങ്ങളിലൂടെയാണ് വേദത്തെ വ്യാഖ്യാനിച്ചാണ് പറയുന്നതെങ്കിൽ വേറൊരാൾക്ക് അതിനെ നിരൂപണം ചെയ്യാം കാരണം ഒരാളുടെ അനുഭവത്തെ വേറെ ഒക്കെ ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല ഞാൻ പറയുന്നത് എന്റെ അനുഭവമാണ് ഞാൻ ഈ കാട്ടുന്നതൊക്കെ ഇപ്പോ മഞ്ഞയായിട്ടാണെന്ന് പറഞ്ഞാൽ അത് ശരിയോ തെറ്റോ എന്ന് എന്റെ തലിക്കകത്തുകാർ വേറൊരാൾക്ക് പരിശോധിക്കാൻ പറ്റത്തില്ല ി അംഗീകരിക്കുക അല്ലെങ്കിൽ നിക്ഷേപിക്കുക രണ്ടുമാകാം അനുഭവത്തെ ആസ്പദമാക്കി കേവല അനുഭവത്തെ മാത്രം ആസ്പദമാക്കി വേദത്തെ വ്യാഖ്യാനിക്കാൻ സാധ്യമ പ്രാമാണികമല്ല കുറച്ച് വേദത്തെ വ്യാഖ്യാനിക്കണമെങ്കിൽ ഈ പദവാക്യ പ്രമാണങ്ങളെ ആശ്രയിച്ചേ പറ്റൂ അതിനെ കുറിച്ച് ബോധമുള്ളവനായിരിക്കും അങ്ങനെ വ്യാഖ്യാനിച്ചാൽ മാത്രമേ അതൊരു ചർച്ചയ്ക്ക് വിഷയമാകത്തുള്ളൂ അങ്ങനെയാണെങ്കിൽ മാത്രമേ അതിന് ഗുണദോഷ വിചാരങ്ങൾ ചെയ്യാൻ പറ്റൂ നമ്മൾ ഭാഷ കാണുന്ന എന്താണ് പൂർവപക്ഷ സിദ്ധാന്തം തന്റെ വ്യാഖ്യാനത്തെ തന്നെ വ്യാഖ്യാനിക്കുമ്പോൾ അതിന്റെ ഗുണദോഷ വിചാരങ്ങൾ ചെയ്യുകയാണ് അനുഭവത്തെയാണ് പറയുന്നതെങ്കിൽ അവിടെ പൂർവപക്ഷവും സിദ്ധാന്തവും ഗുണദോഷ വിചാരമാണ് ഗുരുവെന്താണോ പറയുന്നത് ശിഷ്യനത് അപ്പടി വിഴുങ്ങിക്കോളോ ചോദിക്കാൻ നോക്കത്തില്ല അതെന്താണ് ഇതെന്താണ് കാരണം എന്തുകൊണ്ട് എന്റെ അനുഭവമാണ് അതല്ല വ്യാഖ്യാനരീതി അതല്ല അത്യന്തം ശ്രദ്ധാലുവായ ഒരു ശിഷ്യന് കേവലം സ്വാനുഭവത്തെ ഒരു ഗുരുവിന് പകർന്നൂല്ല അവിടെ തന്നെ വേദത്തിന്റെ ഒന്നും ആവശ്യമില്ല മറ്റു ശാസ്ത്രത്തിന്റെ ആവശ്യമില്ല പക്ഷെ അത് പ്രയോജനപ്പെടുന്ന ഇവിടെ അത്യന്തം ഉത്തമനായ ഗുരു അത്യന്തം ഉത്തമനായ ശിഷ്യൻ കാരണം അവന്റെ മനസ്സിൽ ഒരു പൂർവപക്ഷവും ഇല്ല ഒരു സംശയമില്ല ഗുരു എന്താണ് ഉപദേശിക്കുന്നത് അതേപടി തന്നെ അവൻ്റെ ഉള്ളിൽ പകരുന്നു അവിടെ ശരിയാണ് പക്ഷെ വ്യാഖ്യാനത്തിനതുപോലെ വ്യാഖ്യാനിക്കുമ്പോൾ അവിടെ ശിഷ്യന്റെ മനസ്സിന് സംശയങ്ങൾ വരും അതിന് നിവൃത്തി ഉണ്ടാവണം അതിന് പദവാക്കി പ്രമാണങ്ങളെ ആചരിച്ചേ പറ്റും അതുകൊണ്ടാണ് പക്ഷികാരൻ പറയുന്നിടത്തെല്ലാം പറയും ഇത് ആത്മവിദ്യ അത് സ്വാനുഭവമാണ് അങ്ങനെയുള്ള അനുഭവം പൂരൂകന്മാർക്കൊണ്ട് ഇന്നുള്ളവർക്കുണ്ട് അങ്ങനെയൊക്കെ ഉണ്ടാകാം പക്ഷേ താനിത് വ്യാഖ്യാനിക്കുന്നത് എന്റെ അനുഭവത്തെ മുൻനിർത്തിയാണെന്നൊരു ഒരു സ്ഥലത്ത് അങ്ങനെ പറയുന്ന ഒരു ഭാഗവും കാണാൻ പറ്റത്തില്ല കാരണം ഇത് കേവലം ഉപദേശിക്കുകയല്ല തന്റെ അനുഭവത്തെ ഉപദേശിക്കുകയല്ല മറിച്ച് വേദത്തെ വ്യാഖ്യാനിക്കുകയാണ് അവിടെ അങ്ങനെ പറഞ്ഞാൽ പോരാ അന്നും സ്വീകരിക്കത്തില്ല പിന്നീട് ഭക്ഷ്യകാരന് ശേഷവും പലരും ഇത് വ്യാഖ്യാനിച്ചിട്ടുണ്ട് ഇന്നും വ്യാഖ്യാനിക്കുന്നുണ്ട് പക്ഷെ പദവാക്യ പ്രമാണങ്ങളെ കുറിച്ചൊന്നും യാതൊരു ബോധമില്ലാത്തവരാണ് വ്യാഖ്യാനിക്കുന്നത് കൂടുതലും ഇന്നങ്ങനെയാണ് അവരെന്ത് ചെയ്യുന്നു മറ്റ് വ്യാഖ്യാനങ്ങളെ തെറ്റായി ധരിച്ചിട്ട് ആ വ്യാഖ്യാനിക്കുന്നതാ കൂടുതൽ സംഭവിക്ക അതിന്റേതായ ദോഷങ്ങളുമുണ്ട് അത് അതായത് വ്യാഖ്യാനങ്ങളെ വായിച്ച് മനസ്സിലാക്കിയിട്ട് വ്യാഖ്യാനിക്കുക അങ്ങനെ വ്യാഖ്യാനിക്കുമ്പോൾ അവിടെ പദവാക്യപ്രമാണങ്ങളെ സ്വീകരിക്കാതിരിക്കും ഉപദേശവും വ്യാഖ്യാനവും തമ്മിൽ വ്യത്യാസമുണ്ട് ഉപദേശമെന്ന് പറഞ്ഞാൽ ശിഷ്യൻ ഗ്രഹിക്കാൻ തയ്യാറാണ് അവിടെ പൂർവക്ഷൻ ശബ്ദം പോലും പ്രയോഗിക്കണമെന്നില്ല ദക്ഷിണാമൂർത്തി ഉപദേശിച്ചപ്പോൾ ശബ്ദമൊന്നും പ്രയോഗിച്ചില്ല പക്ഷെ ശിഷ്യന്മാർ യോഗ്യന്മാരായിരുന്നു അവിടെ അത് മതി മൗനം കൊണ്ടും വ്യാഖ്യാനിക്ക ഉപദേശിക്ക അവിടെ വ്യാഖ്യാനം എന്ന് പറഞ്ഞാൽ അത് ഉപദേശമാണ് തത്വത്തിന്റെ ഉപദേശത്തെയാണ് അവിടെ വ്യാഖ്യാനം എന്ന് പറയുന്നത് ഇവിടെ എങ്ങനെയല്ല ഇവിടെ വിശദീകരിക്കേണ്ടി ഒരുപാട് അവിടെ പദവാക്യ പ്രമാണങ്ങൾ ആശ്രയിച്ചെന്നു അല്ലെങ്കിൽ ശിഷ്യനെ ആ പദവാക്യപ്രമാണങ്ങൾ ബോധ്യപ്പെടുത്തിയാണ് ശിഷ്യന് വിശദീകരിച്ചു കൊടുക്കേണ്ടത് അതിനെ കുറിച്ചൊരു സാമാന്യ ജ്ഞാനം വേണം എന്നാലേ അത് വേണ്ടവണ്ണം ഗ്രഹിക്കാൻ പറ്റും അതുകൊണ്ടാണ് സാമ്പ്രദായികമായി അദ്വൈതും മറ്റും വ്യാഖ്യാനിക്കുന്നവർ വ്യാഖ്യാനിക്കുന്ന പദവാക്യ പ്രമാണങ്ങളാണ് അത് വ്യാഖ്യാനിച്ചിട്ടേ പിന്നെ അദ്വൈതത്തിലേക്ക് കിടക്കത്തത് ആദ്യം അത് മനസിലാക്കാൻ പറയും എന്താണ് വ്യാകരണം എന്താണ് മീമാംസ എന്താണ് ന്യായശാസ്ത്രം കാരണം അത് വ്യാഖ്യാനത്തിലൂടെ ഗ്രഹിക്കുകയാണ് അങ്ങനെ ഉത്തമനായ ഒരാളാണെങ്കിൽ ഇതിന്റെ ആവശ്യം വ്യാഖ്യാനത്തിലൂടെ ഗ്രഹിക്കുകയാണെങ്കിൽ ഇത് ആവശ്യമായി അതിനെ വിശദീകരിക്കുന്നു അതിന്റെ വെളിച്ചത്തിൽ ശരിയായ തത്വത്തെ തിരിക്കും അതുകൊണ്ടാണ് അതിന് ഇവിടെ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് അപ്പോൾ വ്യാഖ്യാനങ്ങളെ ശ്രദ്ധിക്കുമ്പോഴും വ്യാഖ്യാനമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് കേവല ഉപദേശമാണ് അല്ലെങ്കിൽ ശാസ്ത്രത്തെ വ്യാഖ്യാനിക്കുന്നുള്ള പ്രത്യേകിച്ചും വേദ അയാൾക്കത് വ്യാഖ്യാനിക്കുന്ന അർഹത എന്താണ് പ്രധാനമായിട്ടും പദവാക്യ പ്രമാണങ്ങളെ കുറിച്ചുള്ള ജ്ഞാനമാണ് അല്ലാത്തവർക്ക് വ്യാഖ്യാനിക്കാൻ അവകാശമുണ്ട് അല്ലാത്ത വ്യാഖ്യാനങ്ങൾ സ്വീകരിക്കാനും പാടില്ല അതിന് ഉപേക്ഷിക്കും പക്ഷെ പൂർവ്വാചാര്യന്മാർ അങ്ങനെ ആയിരുന്നില്ല അവരെന്ത് സിദ്ധാന്തത്തെ ആവിഷ്കരിച്ചാലും ശരി അതിന്റെ പിന്നിൽ ഇതുണ്ടായിരിക്കും പദവാക്യപ്രമാണങ്ങൾ ഉണ്ടായിരിക്കും എല്ലാവരും ഒരേ പദവാക്യപ്രമാണങ്ങളെ ആണ് സ്വീകരിക്കുന്നതെങ്കിൽ എങ്ങനെ വ്യത്യാസം വരുന്നു അത് ഞാൻ മുമ്പ് പറഞ്ഞു അതവരുടെ സംസ്കാരമനുസരിച്ച് പക്ഷെ ഞാൻ ആശ്രയിക്കുന്നു വ്യാഖ്യാത സർവ്വ വേദാന്ത സർവ്വ വേദാന്തങ്ങളെയും അങ്ങനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട് എന്നുവെച്ചാൽ വേദാന്തത്തിന്റെ സർവ്വ താല്പര്യങ്ങളെയും വെളിപ്പെടുത്തിയിട്ടുണ്ട് വേദാന്തത്തിൽ അനേക താല്പര്യങ്ങളാണ് ആ താല്പര്യങ്ങളെല്ലാം വെളിപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ അദ്വൈത താല്പര്യമാണ് ഇവിടെ പൂർവാചാര്യന്മാർ വെളിപ്പെടുത്തിയതായി ഭാഷകാരൻ പറയുന്നത് അങ്ങനെയുള്ള അദ്വൈതാചാര്യന്മാരെ ബ്രഹ്മസൂത്രത്തിനും മറ്റും അങ്ങനെയുള്ള ചില ആചാര്യന്മാരുടെ പേരെടുത്ത് ഭാഷകാരന് തന്നെ സ്മരിക്കുന്നുണ്ട് ബ്രഹ്മസൂത്രകാരനും സ്മരിക്കുന്നുണ്ട് അങ്ങനെ പദവാക്യപ്രമാണജന്മാരായ ആചാര്യന്മാരുണ്ടായിരുന്നു ഭാഷകാരൻ അവിടെ പറയുന്നുള്ളൂ മുമ്പ് അത് വ്യാഖ്യാതാക്കളെ ഉദ്ദേശിച്ച് പറയുകയാണ് സർവവേദാന്ത താന്നിത്യം പ്രണതോസ്മി അവരെ ഞാൻ സദാ പ്രണമിക്കുന്നുവരൂപമാണ് ഞാനാണ് സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ നടത്തുന്നത് നമസ്കാരിനായിട്ട് ഞാനേ ഉള്ളു അതാണ് പരമാർത്ഥമെങ്കിലും ഇനിയും നമസ്കാരന്മാരായിട്ടുണ്ട് പലരും അത് പൂർവാചാര്യന്മാരാണ് അവരിൽ നിന്നാണ് ഈ ജ്ഞാനം കിട്ടിയത് ഈ ജ്ഞാനത്തെ ഇനി വരും തലമുറകളിലേക്ക് കൊടുക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഈ സമ്പ്രദായത്തെ സംരക്ഷിക്കണം ഇത് മംഗളാചരണം എന്ന് ശിഷ്ടാചാരമാണ് ശിഷ്ടാചാരം എന്ന് പറയുമ്പോൾ വരുന്ന തലമുറയും അത് അനുഷ്ഠിക്കേണ്ട കാര്യങ്ങളാണ് ശിഷ്ടന്റെ ആചാര്യം വരുന്ന തലമുറയും ആചാര്യന്മാരെ ആദരിക്കണം ബഹുമാനിക്കണം ഗുരുക്കന്മാരെ അതുകൊണ്ട് പറയുന്നു ശിഷ്യ ശിക്ഷാർത്ഥം ശിഷ്യന്മാരുടെ ശിക്ഷയ്ക്ക് വേണ്ടി അവരെ ഉപദേശിക്കുന്നതിന് വേണ്ടി അതാണ് മംഗളാചരണം എഴുതി ചേർക്കുന്നത് ഗ്രന്ഥത്തിൽ അതിനുവേണ്ടി ആചാര്യന്മാരെ നമസ്കരിക്കുന്നു ഇല്ലെങ്കിൽ ഞാൻ തന്നെയാണ് ജ്ഞാനം ഞാൻ തന്നെയാണ് സശസ്തി സംഹാരങ്ങളെല്ലാം ചെയ്യുന്നത് അതുകൊണ്ട് ഇനി എനിക്ക് ആരെയും നമസ്കരിക്കാനില്ല ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ മന്ദബുദ്ധിയൊക്കെ വരും അത് വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കൂടെ തുടർന്ന് ആചാര്യന്മാരെ നമസ്കരിക്കുന്നത് കഥാവാകണതേ താ നിത്യം വണ്ണത്തൈതിരീയകസാരചാര്യ പ്രസാദ വിസ്ഷ്ടാർ രുചീനം ഹി സാരസ്യ തൈത്രിയീയം വളരെ വലുതാണ് അതില് സംഹിതാഭാഗമുണ്ട് ബ്രാഹ്മണഭാഗമുണ്ട് ആരണ്യകങ്ങളുണ്ട് അതിന്റെ സാരമാണ് ഭാഷകാരൻ വ്യാഖ്യാനിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്ത ഈ ഭാഗം ഉപനിഷദ് ഭാഗം അതിനെ ആചാര്യപ്രസാദാര്യന്റെ അനുഗ്രഹം കൊണ്ട് ആചാര്യന്റെ അനുഗ്രഹം എന്ന് പറയുന്നത് തന്നെ ആചാര്യ അനുഗ്രഹം കൊണ്ടാണ് ഇതിന്റെ താല്പര്യത്തെ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ആചാര്യന്റെ അനുഗ്രഹം കൊണ്ട് ഇതിന്റെ താല്പര്യം പരവമായ അദ്വൈതമാണ് എന്ന് ഗ്രഹിക്കാൻ കഴിഞ്ഞു ആചാര്യപ്രസാദം കൊണ്ട് അനുഗ്രഹം കൊണ്ട് അത് അതിനെ വ്യാഖ്യാനിച്ചു വ്യാഖ്യാ സംഭരണീയത്തെ ഞാനിത് വ്യാഖ്യാനിക്കുകയാണ് വിസ്പഷ്ട്രെടുത്ത് പറയുന്നു വിസ്പഷ്ട്രഥ രുചി എന്നത് ഇതിൽ പ്രത്യേക വിസ്പഷ്ടമായ അർത്ഥം അതിൽ രുചിയുള്ളവർക്ക് വേണ്ടി എന്ന് പ്രത്യേകം എടുത്തു പറയുന്നു ഇതിൽ ശരിയായ താൽപ്പര്യമുള്ളവർക്ക് വേണ്ടി മാത്രമാണ് ആരെയും നിർബന്ധിച്ച് ആള് കൂട്ടാൻ വേണ്ടി ഇവിടെ ഇരുത്തേണ്ട കാര്യമില്ലെന്നാണ് ഭാഷകാരൻ പറയുന്നത് അവർക്ക് വല്ല ക്ലീനിങ്ങോ അങ്ങനെ എന്തെങ്കിലും പണികളുണ്ടെങ്കിൽ ചെയ്യാം ഇതിന് പ്രത്യേക താല്പര്യമുള്ള ഒരു മാത്രം മതി അപ്പോ ഇല്ലെങ്കിൽ നമ്മുടെ ആശ്രമത്തിന് നാണക്കേടാണ് പുറത്തുനിന്ന് ഒരു ആളെ കൊണ്ടുവന്നു ഇവിടെ ഇതൊക്കെ പറയിക്കുമ്പോൾ ആളില്ലെങ്കിൽ മോശമാണ് എന്ന് കരുതി തല എണ്ണാൻ വേണ്ടി ആളിനെ കൊണ്ടിരുത്തണ്ട ഒന്നോ രണ്ടോ പേരായാലും മതി ഒരാളായാലും മതി താല്പര്യമുള്ളവർ മാത്രം മതി എന്നാണ് ബാക്കിയുള്ളവരെല്ലാം ഗെറ്റ്ഔട്ട് ഇത് പറയുന്നയാളിന് മനപ്രയാസം ഉണ്ടാകും അത് ഒഴിവാക്കാൻ വേണ്ടിട്ട് ആള് കൂട്ടേണ്ട കാര്യമില്ല എന്നാ പറയുന്നത് ശരിക്കു താല്പര്യമുള്ളവർ മതി അവർക്ക് വേണ്ടിട്ടാ ഭാഷകാരം എഴുതിയിരിക്കുന്നത് പിന്നല്ലാത്തവർക്ക് ഇതുകൊണ്ട് എന്താ പ്രയോജനം ഇവിടെ ഇരുന്ന് ഉറങ്ങിയിട്ട് ആ സമയം ക്ലീനിങ് ചെയ്താൽ ഭാരതം ക്ലീനാവും വിസ്പഷ്ട്രീന ഇതിന് പ്രത്യേക താല്പര്യമുള്ള ഭാഷകാരൻ പറയുന്നു അവർക്ക് വേണ്ടിയാണ് സംഭരണീയത ഇത് നേരത്തെ അറിയാമായിരുന്നു വർക്ക് പറയുന്നു മന്ദമതി സ്വതൈവ നിശേഷ പദാർത്ഥ സ്മരണ അസംഭവ മന്ദമതികൾക്ക് ഇതിന് താല്പര്യം ഉണ്ടാകത്തില്ല പിന്നെ എത്ര ഇത് ശ്രമിക്കാത്ത അടിച്ചു കയറ്റിയാലും ശരി ഇതിനോടൊരു താല്പര്യം വരത്തില്ല അതിന്റെതാവ് പറയുന്നതാണ് ഞാൻ പറയുന്നതല്ല മന്ദമതികളായതുകൊണ്ടെന്ന് അർത്ഥം ിക്കേണ്ട കാര്യമുണ്ടല്ലോ മന്ദബുദ്ധികൾക്ക് താല്പര്യം വരത്തില്ല അവർക്ക് താല്പര്യം മറ്റു കാര്യങ്ങളിലാണ് അവരെ അതിനെ നിയോഗിക്കുക എല്ലാം ഉണ്ടല്ലോ എല്ലാം വെച്ച് വിളമ്പിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് ഇഷ്ടമുള്ളത് കഴിക്കുക ഇപ്പൊ മന്ദമതികൾക്ക് ഇവിടെ പറയുന്നു അസംഭവസംഭവമാണ് അവര് ചോദിക്കുവോ ഇയാളുടെ പ്രസംഗം കേട്ടിട്ടുണ്ടെങ്കിൽ മോശം കിട്ടാൻ പോകുന്നു അങ്ങനെ ചിന്തിക്കും ഇത് അസംഭവമാണെന്ന് പറയുന്നു അത് ഭാഷകാരന് നേരത്തെ അതുകൊണ്ട് ഭാഷകാരൻ അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഇവിടെ ഭാഷ എഴുതിയിട്ടില്ല എന്നാ പറയുന്നു അങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ വായിച്ചാലും പഠിച്ചാലും കേട്ടാലും മതിയല്ലോ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഇവിടെ ഭാഷയമേ രചിച്ചിട്ടില്ല എന്നാ പറയുന്നു പക്ഷേ കാരണം പറയുന്നത് ഞാൻ മയാ ഞാനിത് ആചാര്യപ്രസാദം കൊണ്ട് നേടിയതാണ് ഗുരുവിന്റെ അനുഗ്രഹം കൊണ്ട് നേടിയതാണ് ഈ മന്ദബുദ്ധിയേക്ക് ഒരു മന്ദബുദ്ധിയേക്ക് ഇത് പറഞ്ഞുകൊടുക്കരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത് പ്രയോജനമില്ലാതുമല്ല അല്ലാതെ മന്ദബുദ്ധികളോടുള്ള വിദ്വേഷം കൊണ്ടൊന്നുമല്ല മറിച്ച് എന്താണ് നിസ്സംശയം ജാനം ഏ രോചിയന്തെ തേശാം ഉപകാരായ പറയുന്നു പ്രത്യേകിച്ച് കുറച്ചാൾക്കാരുണ്ട് വിശിഷ്യ അവർക്ക് ഇതിൽ രുചിയുണ്ട് താല്പര്യമുണ്ട് നിസ്സംശയം ജ്ഞാനം ഏ രോചന്ദേ അവരിത് ആഗ്രഹിക്കുന്നു സംശയരഹിതമായ ഭ്രാന്തിരഹിതമായ യഥാർത്ഥ തത്വം ഗ്രഹിക്കുന്നു അതൊരു രുചിയുണ്ട് അവരെ മൂക്ക് കയറിട്ട് കൊണ്ടുവന്നു പിടിച്ചിരുത്തേണ്ട കാര്യമില്ല അല്ലാതെ രുചി സ്വയമുള്ളവർക്ക് വേണ്ടിയിട്ട് നോക്ക അപ്പോ ചിലർ ചിന്തിക്കും അങ്ങനെയാണെങ്കിൽ പിന്നെ എന്നെ മൂക്ക് കയറിട്ട് ഇവിടെ കൊണ്ടിരുത്തിയിരിക്കുന്നത് എന്തിനാ ചിന്തിക്കും അതിന് സമാധാനം ആദ്യം വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ചില ഉദാഹരണങ്ങളിലൂടെ ഹിമാലയത്തിലെ ഉദാഹരണത്തിലൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആരുടെയും ആർക്കെങ്കിലും ഓർമ്മയിൽ വരുന്നതെങ്കിൽ പറയാം പഴയ കഴുതകളുടെ കഥ മറിച്ചത് ആർക്കു വേണ്ടിയുള്ളത് രോച്ച എന്തേ ഇവിടെ ഇതൊന്നും എന്റെ അഭിപ്രായം ഇവിടെ സംസ്കൃതത്തിൽ പറഞ്ഞു ഞാൻ മലയാളത്തിൽ പറയുന്ന അറിയിക്കവിഞ്ഞ് ഞാനാരെങ്കിലും കേമനാണെന്നോ മോശക്കാരനാണെന്നോ ഒന്നും പറയുന്നില്ല ഭാഷകാരൻ പറഞ്ഞ് പറയുന്നു ദേഷ്യോപകാരായ ആർക്കാണോ ഇതിൽ രുചിയുള്ളത് അവർക്ക് ഈ ഭാഷ എഴുതിയിരിക്കുന്നത് പറയുന്നു വ്യാഖ്യേയും ഈ വ്യാഖ്യ അവരാണ് ഇത് കേൾക്കേണ്ടത് രുചിയില്ലാത്തവർ ഇത് കേട്ടിട്ട് കാര്യമൊന്നുമില്ല ഇരുന്ന് ഉറങ്ങാമൊന്നുമില്ല അല്ലാതെ ഒരു പ്രയോജനം ഉണ്ടാകത്തില്ല എന്നാ അത്മാന സംസ്കാരം ഇതിന്റെ ഇത് പ്രയോജനം ചെയ്യുന്നു നിസ്പഷ്ട്രചിന്നോ അവർക്ക് എന്താണ് ഇതിന്റെ താല്പര്യം എന്നറിയുന്നതിനുള്ള ജിജ്ഞാസ അതുണ്ടാവുന്നു അവർക്ക് ഇത് പ്രയോജനം ചെയ്യുന്നു ൈതിരീകസാര മയാചാര്യസ്പാർത്ഥ രുചി വ്യേം സംപ്രണീയത സംബന്ധ ഭാഷ ഈ വരുന്ന കാര്യങ്ങളെല്ലാം പല സന്ദർഭങ്ങളിൽ ചർച്ച ചെയ്തിട്ടുള്ളതാണ് വിശേഷം വൈദികമായ കർമ്മങ്ങളെക്കുറിച്ച് ഉപാസനങ്ങളെക്കുറിച്ച് അത് ബ്രഹ്മവിദ്യയുമായിട്ട് ബന്ധം മോക്ഷത്തിന് സഹായിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് ഇതാനും കർമ്മ ഉപാദാനഹേതു പരിഹാരമായ ്രഹ്മവിദ്യ പ്രസ്തൂയത്തെ ഇതിനു മുമ്പ് ചർച്ച ചെയ്ത് മുഴുവൻ ബ്രാഹ്മണത്തിലും സംഹിതയിലും കാരണം ഇതിലാണ് പല രുദ്രം ചമകം തുടങ്ങിയതെന്നെ ഈ ഭാഗത്ത് അതിന് മുമ്പുള്ള നല്ല കാര്യങ്ങളും വരുന്നു മൃത്യുജ മന്ത്രം ഇതിന് പൂർവ്വ വേദഭാഗങ്ങളിലാണ് വരുന്നു അപ്പോ കർമ്മങ്ങളെ കുറിച്ച് വരുന്നുണ്ട് തൈത്തരീയ സംഹിതയോട് ചേർന്ന് വളരെയധികം ഗ്രഹ്യസൂത്രങ്ങൾ പ്രാതിശാഖ്യം ഇങ്ങനെ പല ഭാഗങ്ങളും വരുന്നുണ്ട് കർമ്മങ്ങളെ കുറിച്ചെല്ലാം വളരെ വിശദമായി ചർച്ച ചെയ്യുന്ന ഭാഗങ്ങൾ അതാണ് ഈ ഇതിങ്ങനെ ആരണ്യകം സംഹിത ബ്രാഹ്മണവും ഇങ്ങനെ വളരെ വിപുലമായത് മുഴുവൻ കർമ്മങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യണം നിരവധി കർമ്മങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് ഉപനിഷദ്ഭാഗം വളരെ കുറച്ചേ ഉള്ളൂ ഇത്രയും ചർച്ചതിനു ശേഷം അതെല്ലാം കൊണ്ട് തന്നെ മോക്ഷമായി കൂടെ കർമ്മ ഉപാദാനഹിത പരിഹാരായ കർമ്മം കൊണ്ട് സാധ്യമാകത്തില്ലേ എന്നുള്ള സംശയം വരുന്നു അത് പരിഹരിക്കുന്നതിന് വേണ്ടി ബ്രഹ്മവിദ്യ മോക്ഷത്തിന് ബ്രഹ്മവിദ്യ സാധ്യമാണ് ഇവിടെ വിശദീകരിച്ച കർമ്മങ്ങളൊന്നും ഒന്നുകൊണ്ട് സാധ്യമല്ല കർമ്മങ്ങൾ എന്ന് പറയുമ്പോൾ കർമ്മകാണ്ഡത്തെ ഉദ്ദേശിക്കുകയാണ് വൈദിക കർമ്മങ്ങളെയാണ് പറയുന്നത് കർമ്മഹേതു കാമഹസ്യ പ്രവർത്തകത്വ എന്താണ് കർമ്മത്തിന് ഹേതുവായിരിക്കുന്നത് പറയുന്നു കാമം അതിന് ഹേതുവായിരിക്കുന്നത് അവിദ്യ അജ്ഞാനം എന്നാൽ മുഖ്യമായ പ്രകടമായ ഹേതു എന്ന് പറയുന്നത് കർമ്മത്തിനും കാമമാണ് ഏത് കർമ്മമായാലും ശരി കർമ്മം ഒരാൾ എന്തുകൊണ്ട് ചെയ്യുന്നു ആ കർമ്മം ചെയ്യാൻ അയാൾ നിർബന്ധിതനായതുകൊണ്ട് അതുകൊണ്ടാണ് കർമ്മം ചെയ്ത് കർമ്മഹേതുല്ലാതെ ഒരാൾക്ക് കർമ്മം ചെയ്യാൻ പറ്റത്തില്ല എന്താണ് കർമ്മഹേതു ആയ കാമില്ലാതെ ഒരാൾ കർമ്മം ചെയ്യാൻ സാധ്യമേ അത് മുഖ്യമായ സിദ്ധാന്തമാണ് മം ഇല്ലാത്തടത്ത് കർമ്മമില്ല അപ്പം നമ്മൾ പറയുന്ന നിഷ്കാമകർമ്മം എന്ന് പറയുന്നത് നമ്മൾ ഭാഷകാരനൂടെ പറഞ്ഞു നിഷ്കാമ കർമ്മം എന്ന് പറയുന്നിടത്തും കർമ്മത്തിന് പ്രേരകമായ ആ കാമം കർമ്മത്തെ ഉണ്ടാക്കിയത് കൊണ്ടാണ് ഇതിന് അത് നിഷ്കാമമായി ചെയ്യേണ്ടി വരുന്നത് കർമ്മത്തിൽ നിന്ന് പ്രേരകമായിരിക്കുന്ന ആ കാമത്തെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ നിഷ്കാമമായ ഭാവത്തിൽ കർമ്മത്തെ ചെയ്യാൻ ശ്രമിക്കുന്നത് നിഷ്കാമ കർമ്മത്തെ അനുഷ്ഠിക്കുന്നവൻ ആ കാമത്തെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നു എന്നാണ് കാമം ഇല്ലാന്നർത്ഥം കർമ്മത്തിന് ഹേതു കാമം തന്നെയാണ് ഇനി കർമ്മത്തിന്റെ ഫലത്തിലുള്ള കാമ മുഖ്യമായ ഫലത്തിലുള്ള കാമത്തെ ഉപേക്ഷിച്ചാലും ശരി മറ്റു കാമങ്ങളവിടെ നടക്കും ഏതെങ്കിലും തരത്തിൽ അപ്പൊ ഏതെങ്കിലും തരത്തിൽ കർമ്മം അവിടെ കർമ്മത്തിന് പ്രേരകമായി കാമ നീക്കുക പറയുന്നത് കർമ്മ ഹേതു കാമ്യ പരോപകാരാർത്ഥമായി ചെയ്യുന്ന കർമ്മം അവിടെയും തീർച്ചയായും പരനുപകാരം ചെയ്യണമെന്നുള്ള കാമുണ്ട് അത് നല്ലതോ ചീത്ത നല്ലതായി ആയിക്കോട്ടെ പക്ഷെ അവിടെ കാമം അവിടെയുണ്ട് ഇവിടെ ആ കർമ്മഹേതുവായിരിക്കുന്ന കാമത്തെയും ആത്മകാമനെയും കാമത്തെയും മേടുതിരിക്കയാണ് രണ്ടും രണ്ടാണ് കർമ്മഹേതുവായിരിക്കുന്ന കാമത്തിൽ അത് ബഹുശാഖ്യനന്ത എന്ന് ഗീതി പറഞ്ഞുള്ളത് നാനാ തരത്തിലാണ് ആ കാമങ്ങൾ ആ കാമങ്ങൾ എന്താണെന്ന് നമുക്ക് തിരിച്ചറിയാൻ കൂടി പറ്റത്തില്ല നിസ്വാർത്ഥത പരോപകാരം എന്നെല്ലാം പറയുന്നത് ഏതെങ്കിലും തരത്തിലുള്ള കാമങ്ങൾ വന്നുകൊണ്ട് ചിലപ്പോ അത് കർമ്മഫല കാമനായിരിക്കത്തില്ല മറ്റു കാമനങ്ങൾ വരും സ്വർഗത്തെ സ്വർഗമാകുന്ന ഫലത്തെ വേണ്ടി ഒരു യാഗത്തെ പറഞ്ഞു സ്വർഗത്തെ സ്വർഗമുണ്ട് ഈ കർമ്മം ചെയ്തു കഴിഞ്ഞാൽ സ്വർഗത്തിൽ പോകാം എന്നുള്ള ശ്രദ്ധ അറിയില്ലല്ലോ പ്രത്യക്ഷ ഫലമല്ലോ ആ ശ്രദ്ധ ഉണ്ട് സ്വർഗത്തെ കാമിച്ച് അങ്ങനാണ് ചെയ്തു വന്നത് അതേ കർമ്മങ്ങളെ തന്നെ ഇന്നാൾക്കാർ ചെയ്യുന്നുണ്ട് അതേ കർമ്മങ്ങളെ വീണ്ടും അനുഷ്ഠിക്കുന്നുണ്ട് അവർക്കറിയാം ഇതുകൊണ്ട് സ്വർഗമൊന്നും കിട്ടില്ല സ്വർഗത്തിന്റെ കാര്യത്തിൽ യാതൊരു ഉറപ്പില്ല കാരണം ആ ശ്രദ്ധ ആസ്തിക്യബുദ്ധിയൊന്നും വൈദികന്മാർക്കല്ലാതെ സാധാരണ മനുഷ്യന് വരത്തില്ല ആ ശ്രദ്ധ എന്ന് പറയുന്നത് യാതൊരു ഭ്രാന്തിയും സംശയവും ഇല്ലാത്ത ആ ദൃഢതയാണ് ഇന്നിപ്പോ അതേ കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് അതൊന്നും വരത്തില്ല അവർക്ക് മിക്കവർ സംശയമായിരിക്കും അല്ലെങ്കിൽ ഉറപ്പായിരിക്കും ഇതുകൊണ്ട് സ്വർഗ്ഗമൊന്നും കിട്ടാൻ പോകുന്നു അവ അവിടെ സ്വർഗ്ഗകാമനയല്ല കർമ്മത്തിന് പ്രേരിപ്പിക്കുന്നു ഇന്നിപ്പോ ജ്യോതിഷ്ടോ മറ്റും ചെയ്യുന്നവർ അവർക്കെന്താണ് വിത്തകാമം ഇത് ചെയ്തു കഴിഞ്ഞാൽ സമ്പത്തുണ്ടാവും ഇത് ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ ഈ ലോകത്തിലുള്ള ഫലങ്ങളെ ഉദ്ദേശിച്ചത് കൂടുതൽ കീർത്തി ഉണ്ടാവും പ്രശസ്തി ഉണ്ടാവും പ്രശസ്തി ഉണ്ടായിക്കഴിഞ്ഞാൽ ആദരവ് ബഹുമാനമുണ്ടാവും ലോകത്തിൽ പ്രതിഷ്ഠയുണ്ടാവും കാരണം മറ്റേത് വിശ്വാസമില്ല ഇപ്പൊ ഫലകാമന എന്ന് പറയുമ്പോ അതിന് വിശ്വാസമില്ലാത്തവർക്കും ഫലകാമന ഉണ്ടാവും ഇത്തരത്തിലുള്ള ഫലകാമന അപ്പോ ഇവിടെ അവിടെയും കർമ്മം ഹേതുവായിരിക്കുന്ന കാമന ഇനി ഇതൊന്നും ആഗ്രഹിക്കുന്നില്ല ഒരുവൻ അവന്റെ ചിത്തശുദ്ധി ആഗ്രഹിക്കുന്നു ഈശ്വരാനുഗ്രഹത്തെ അവൻ ആഗ്രഹിക്കുന്നു അത് ആഗ്രഹിക്കാൻ പറ്റത്തില്ല അപ്പോ അത് ദോഷമുള്ളതല്ല പക്ഷെ അവിടെ കാമൻ അവിടെ നിലനിൽക്കുന്നു അവന്റെ പോരായ്മകളെ പരിഹരിക്കണം എന്നുള്ള ആഗ്രഹം നല്ലതാണത് പക്ഷെ ഏതെങ്കിലും തരത്തിൽ നല്ലതോ ചീത്തയോ ആയിട്ടുള്ള കാമൻ അവിടെ നിൽക്കുന്നു അതുകൊണ്ട് ഇവിടെ പറയുന്നു കർമ്മഹേതു കാമഹസ്യ കാമം തന്നെയാണ് കർമ്മഹേതു അപ്പോ കർമ്മത്തിനെ സ്വീകരിക്കുക അതിനെ അനുഷ്ഠിക്കുക അതിനെല്ലാം ഹേതുവായിരിക്കുന്ന എന്താണ് കാമം അതിനാണ് നമ്മൾ പറഞ്ഞത് കർമ്മ ഉപാദാനഹേതു കർമ്മത്തിന് ഉപാദാനമായിരിക്കുന്ന അതിന് കാരണമായിരിക്കുന്ന ഹേതു എന്താണ് കാമം തത്പരിഹാരായ അതിനെ പരിഹരിക്കുന്നതിന് വേണ്ടി ബ്രഹ്മവിദ്യ പ്രസ്തുവയതെ ബ്രഹ്മവിദ്യയുടെ ആരംഭിക്കുന്നു എന്നാണ് ഇതുവരെ കർമ്മങ്ങളെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം ആ കർമ്മങ്ങൾക്കെല്ലാം ഹേതുവായിരിക്കുന്ന ആ കാമ ഉള്ളിലിരിക്കുന്ന വൈദികൻ അവർക്ക് വേണ്ടിയാണ് ഈ ചർച്ച അവന്റെ ആ കാമം എന്ന് പറയുന്ന അതിനെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വിദ്യ അപ്പൊ ഈ വിദ്യ കാമത്തെ പരിഹരിക്കുന്നു ആ കാമത്തെ പരിഹരിക്കുന്നവന് പിന്നെ കർമ്മമില്ല അതാണ് ഭാഷകാരൻ പറയുന്നത് കർമ്മഹേതു കാമഹസ്യ പ്രവർത്തകത്വ മറ്റൊന്നും കർമ്മത്തിന് കാരണമല്ല കർമ്മത്തിന് കാരണം പ്രവർത്തകമായിരിക്കുന്നത് ഈ കാമം തന്നെയാണ് അവിദ്യക്കൊരു കൂടെ പറയുന്നില്ല എന്തുകൊണ്ട് ഉറക്കത്തിൽ നമുക്ക് കാമ അതുകൊണ്ട് കർമ്മങ്ങളല്ല ജാഗ്രത കാമുണ്ട് അവിടെ കർമ്മമുണ്ട് അപ്പൊ കാമമാണ് കർമ്മത്തിന് സാക്ഷാത് ഹേതുവായിരിക്കുന്നത് പ്രവർത്തകം അതാണ് ഏത് കർമ്മമായാലും സത്കർമ്മമായാലും ശരി ദുഷ്കർമ്മമായാലും ശരി സകാമകർമ്മമായാലും ശരി നിഷ്കാമകർമ്മമായാലും ശരി ആപ്തകാമാനം ഹി കാമാഭാവേ ആപ്തകാമൻ പറയുന്നു കാമാഭാവേ അവന് കാമില്ല ആപ്തകാമനാകാന്ന് വെച്ചാൽ ആത്മവിദ്യ കൊണ്ട് ആപ്തകാമനാകുക കാമാവി അവന് കാമനകളില്ല ആഗ്രഹങ്ങളില്ല സ്വാത്മന്യവസ്ഥാന അവൻ സ്വപ്രതി പ്രതിഷ്ഠിതനാകുന്നു മറ്റ് കാമനകളൊന്നുമില്ലെങ്കിൽ പിന്നെന്ത് ചെയ്യാനാത്മനിഷ്ഠനാകുന്നു പ്രവൃത്തി അനുഭത്തി പിന്നെ അവനൽ ഈ കാമപൂർവകമായ പ്രവൃത്തികളൊന്നുമില്ല പിന്നെ അവൻ അഗ്നിഹോത്രവും ജ്യോതിഷ്ഠോമോ ഒന്നും ചെയ്യാൻ വരുമ്പെടുന്നില്ല അവൻ നിവൃത്തനായിത്തീരുന്നു പ്രവൃത്തി അനുഭൂതി കാമില്ലെങ്കിൽ പ്രവൃത്തി കാമുണ്ടോ പ്രവൃത്തിയുണ്ട് ആത്മ കാമത്വച്ച ആപ്ത കാമത അവനാപ്തകാമനായിത്തീരുന്നു പ്രവൃത്തി അനുഭൂത്തി എന്ന് പറഞ്ഞാൽ കാമാഭാവം കാമാഭാവം എന്ന് വെച്ച ആപ്ത കാമത അവന് പ്രാപ്തമായിരിക്കുന്നു ആപ്തമാകാന്ന് വെച്ചാൽ പ്രാപ്തമാകുന്നു സർവകാമങ്ങളും ആപ്തമായി എന്ന് പറഞ്ഞാൽ എന്താണോ കാമനകൾ കൊണ്ട് മനസ്സുകളെല്ലാം നിറഞ്ഞ് അല്ലെങ്കിൽ കാമനകളിലൂടെ പ്രാപിക്കേണ്ടത് എല്ലാം അവൻ അനുഭവിച്ചു തീർന്നു അങ്ങനെയല്ല ഇവിടെ എന്താണ് അവൻ ആത്മകാമിയാണ് അവൻ ആത്മാവനെ കാമിക്കുന്നു എന്നർത്ഥം ആത്മാവിനെ കാമിക്കുന്നതുകൊണ്ടവൻ നിന്നും മറ്റു കാമനങ്ങളെല്ലാം ഒഴിഞ്ഞു പോയി ആത്മാവിനെ ശരിയായി കാമിച്ച് കഴിഞ്ഞു അതെയോ അല്ലെങ്കിൽ ഇതെല്ലാം നീക്കം കുറിച്ചു ആത്മകാമത്വം വരും പിന്നീട് വിഷയകാമനകളും വരും അതന്നെ ഇവിടെ ഉദ്ദേശിക്കുന്നു ആത്മാ ഹി ബ്രഹ്മ ആ ബ്രഹ്മസ്വരൂപമായിരിക്കുന്ന പരമാത്മ ആത്മാവ് ആത്മാവിനെ കാമിക്കുക എന്ന് പറഞ്ഞാൽ ആത്മാവിന് ജിജ്ഞാസുണ്ടാകുക കേവലം ജിജ്ഞാസ ഉണ്ടായപ്പോലെ ആത്മജിജ്ഞാസ ഉണ്ടാകുന്നവർക്കെല്ലാം വിഷയ ജിജ്ഞാസയുണ്ടാകാം അതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല അങ്ങനെ ആപ്ത കാമനെന്ന് പറയാൻ പറ്റത്തില്ല മറിച്ചതിന് ശരിയായ നിഷ്ഠയുണ്ടായിരിക്കുക ആത്മ കാമം കൊണ്ട് ബാക്കിയുള്ള കാമങ്ങളെല്ലാം ഒഴിഞ്ഞു പോവുക അതാണ് അതാണ് അതിൻ്റെ നിഷ്ഠ എന്ന് പറയുന്നത് ആത്മ കാമന അത് എത്രമാത്രം ഉണ്ടാകാം എന്താണ് അതിൻ്റെ അടയാളം മറ്റ് കാമനകൾ മനസ്സിൽ നിന്ന് ഒഴിഞ്ഞു പോവുക ഒഴിഞ്ഞുപോയാൽ അവൻ ആത്മകാമനായി ആത്മകാമനായി എന്ന് പറയും അപ്പോൾ നമ്മൾ സാധാരണ പറയുന്ന തരത്തിലുള്ള ഒരു ജിജ്ഞാസോ ഒരു മുമുക്ഷോ എന്നല്ല എന്തുകൊണ്ട് നമുക്ക് ആത്മകാമത്വം ഉള്ളപ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ പല കാമനകളുമുണ്ട് മനസ്സ് അത് മാത്രമായി നിൽക്കുന്നില്ല ആത്മകാമത്വം ആ ബ്രഹ്മവിദ്യയിലൂടെ മാത്രം സാധ്യമാകുന്ന കാര്യമാണ് മറ്റു കാമനകളൂടി നിലനിൽക്കുമ്പോൾ അവന് ആപ്തകാമൻ എന്ന് പറയാൻ പറ്റത്തില്ല അപ്പ ഇവിടെ എന്ന് പറയുന്നത് ആത്മജ്ഞാനം കൊണ്ട് അവൻ പ്രാപിക്കുന്ന ആ കാമനയാണ് പറയുന്നത് അത് കേവലം ഒരു ജിജ്ഞാസയല്ല ജിജ്ഞാസന് മറ്റു കാമനകളുണ്ട് എന്താ കാരണം അവൻ മറ്റു കർമ്മങ്ങളിലും പ്രവർത്തിക്കുന്നു പ്രവർത്തിച്ച് പോകുന്നു ഒരാൾ പറയുന്നു എനിക്ക് മറ്റു കർമ്മങ്ങളുടെ ആവശ്യമില്ല ഞാൻ കേവലം ആത്മകാമനായി തന്നെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നു ഞാൻ ആത്മകാമനായി ഇരിക്കേ ഉള്ളൂ എന്നൊരാൾ ആഗ്രഹിക്കുമ്പോഴുമായാണ് മറ്റു കർമ്മങ്ങൾ ചെയ്യുന്നത് മറ്റൊന്നും വേണ്ടെന്ന് ആഗ്രഹിക്കുമ്പോൾ എന്തുകൊണ്ട് അതിന്റെ കാമനകൾ എവിടെയുണ്ട് അവന്റെ കാമനകൾ സൂക്ഷ്മമായി അവനെ ബന്ധിച്ചിരിക്കുന്നു അതുകൊണ്ടാണ് അവൻ മറ്റു കർമ്മങ്ങൾ ചെയ്യുന്നതല്ലെങ്കിൽ ചെയ്യേണ്ടി വരുന്നത് അവന് ആത്മകാമന എന്ന് പറയാൻ പറ്റത്തില്ല എന്നെ കൊണ്ട് മറ്റാരോ ചെയ്യിക്കുന്നു എന്ന് പറയാൻ പറ്റും അവനുകൊണ്ട് മറ്റാരും ചെയ്യിക്കുന്ന അവൻ ആത്മകാമനാണെങ്കിൽ അവനെ കൊണ്ട് മറ്റാർക്കൊന്നും ജയിക്കാൻ സാധ്യമില്ല മറ്റാരെങ്കിലും ജയിക്കുന്നുണ്ടെങ്കിൽ അവൻ ആത്മകാമനല്ല വാസ്തവത്തിൽ ആരാണ് അവനെ കൊണ്ട് ജയിക്കുന്നത് ആരും ഒരു വടിയെടുത്ത് നിന്ന് കർമ്മം ചെയ്യിക്കുകയല്ല അവൻ്റെ സംസ്കാരം തന്നെ അവനെ കൊണ്ട് ജയിക്കുന്നു അവന്റെ സംസ്കാര രൂപത്തിലുള്ള ആ കാമൻ അതാണ് അതനവനെ എന്നിട്ട് പറയുന്നു എന്താണ് എനിക്ക് വേണ്ടാത്തത് ഞാൻ ചെയ്യുന്നു എനിക്ക് ആവശ്യമില്ലതാണ് ഞാൻ ആത്മാകാമനാണെന്ന് വെച്ചാൽ എനിക്ക് ആത്മാവ് മാത്രം മതി എന്നാലും ഞാൻ ഇതെല്ലാം ചെയ്യേണ്ടി വരുന്നു മറ്റാരോ കൊണ്ട് ചെയ്യിക്കുന്നു എന്നാണ് അന്ധരിക്കുന്നത് ചിലപ്പോൾ അതിന് ഗുരുവിനേം കുറ്റം പറയും ഗുരു എന്നെ കൊണ്ട് പണിയെടുപ്പിക്കുന്നു എന്ന് പറഞ്ഞു ഗുരു ഗുരുക്കന്മാരും ആരെയും കൊണ്ടും പണിയെടുപ്പിക്കുന്നില്ല മറിച്ച് അവന്റെ തന്നെ സംസ്കാരമാണ് അവനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് ഗുരുക്കന്മാരതിൽ നല്ല വഴി കാണിച്ചു കൊടുക്കുന്ന കേട്ടോ അങ്ങനെ എന്തായാലും നിന്നെ കാമ സംസ്കാരങ്ങളുണ്ട് നിനക്ക് പണിയെടുത്തേ കഴിയൂ അങ്ങനെയാണെങ്കിൽ ഇത് ചെയ്യുക നല്ല ചെയ്യുക സത്കർമ്മം ചെയ്യുക അനിഷ്കാമമായി ചെയ്യുക അങ്ങനെ അത്രമാത്രേ ചെയ്യുന്നത് അല്ലാതെ അവന്റെ കർമ്മത്തെ അവന് കൊടുത്തത് അവന്റെ കാമാണ് കാമ സംസ്കാരങ്ങളാണ് അപ്പൊ അവൻ ആത്മകാമനെന്ന് പറയാൻ നിവൃത്തിയില്ല കൊണ്ട് അവൻ ആത്മാവിന്റെ ജിജ്ഞാസ ആത്മാവിന്റെ ജിജ്ഞാസ അവന്റെ കാമ സംസ്കാരങ്ങളെ നശിപ്പിക്കത്തില്ല അതിന്റെ സംസ്കാരമുണ്ട് പല കാമനങ്ങളുള്ളതുപോലെ ആത്മ കാമനയും അത് ഇനി വിശേഷിച്ചൊരു ജിജ്ഞാസ ഇല്ലെങ്കിലും സർവപ്രാണികളും ആത്മകാമന ഉള്ളവരാണ് മനുഷ്യന് മാത്ര സർവ്വജീവികൾക്കുമുണ്ട് ആത്മകാമന എല്ലാവരും ആത്മാവിനെ കാമിക്കുന്നുണ്ട് അതിന് മനുഷ്യൻ തന്നെ ആവണമെന്നൊന്നുമില്ല മനുഷ്യനിൽ വിശേഷിച്ച സംസ്കാരം കൊണ്ടവൻ അല്പം വിശേഷമായിട്ടതിരിക്കുന്നു എന്നേ ഉള്ളൂ അതിരിക്കുന്നത് കൊണ്ട് മറ്റു കാമനകൾ ഇല്ലാതായിക്കൊള്ളുമെന്നൊന്നുമില്ല അതാണ് ജീവൻ അനുഭവപ്പെടുന്ന ഈ ദ്വന്ദ്ത്മകമായ നല്ല ഒന്നാത്മകാമനയിരിക്കുന്നു മറ്റൊന്ന് വിഷയകാമനകളും ഇരിക്കുന്നു അപ്പോൾ ഇവിടെ പറയുന്നു വളരെ ഉയർന്ന ഒരു നിലയെക്കുറിച്ചാണ് പറയുന്നത് ആ വിഷയകാമനകൾ കൊണ്ടുള്ള കർമ്മങ്ങളെല്ലാം ഒടുങ്ങി അവൻ ആത്മനിഷ്ഠനായിരിക്കുന്നു അവിടെ കാമം ആത്മസ്വരൂപം തന്നെ അവിടെ കാമം എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ആഗ്രഹങ്ങളല്ല ആത്മകാമെന്ന് പറയുമ്പോൾ അവിടെ ആത്മസ്വരൂപം തന്നെ ഇഷ്ടപ്പെട്ടതിനാണ് ആഗ്രഹിക്കുന്നത് ആ ഇഷ്ടത്തെയാണ് കാമം എന്ന് പറയുന്നത് ഇഷ്ടമെന്ന് പറയുന്നതാണ് ആനന്ദം എന്ന് പറയുന്നത് അവിടെ അവന്റെ ആനന്ദത്തിന്റെ വിഷയം ആത്മാവ് തന്നെയാകും ആനന്ദത്തിന്റെ വിഷയം മറ്റു പലതുമാകും ആനന്ദത്തിന്റെ വിഷയമാകുമ്പോൾ അവിടെ ആത്മകാമത്വം കൃതകൃത്യനാകുമ്പോൾ ആത്മതൃപ്തനാകുമ്പോ അവിടെ മറ്റ് മനകളില്ല കാമനകളില്ലാത്ത കൊണ്ട് ആ കാമനകൾ പ്രേരിപ്പിക്കുന്ന കർമ്മങ്ങളില്ല അതാരെ കുറിച്ച് പറയുന്നു ആത്മമിഷനെ കുറിച്ച് നിർബന്ധിതനായി കർമ്മം ചെയ്യുന്നവനെ കുറിച്ചല്ല പറയുന്നു അത് ഒരാൾ കരുതുന്നു ഞാൻ നിർബന്ധിതനായി കർമ്മം ചെയ്യുന്നു എന്ന് പറയുന്നുണ്ടെങ്കിൽ കർമ്മത്തെ കുറിച്ചുള്ള നമ്മുടെ ധാരണ പശകാണ് ആ നിർബന്ധം തന്റെ ഉള്ളിൽ നിന്ന് തന്നെ വരികയാണ് എന്റെ ഹേതുക്കളവിടെ ഇരിക്കുന്നു ആ സംസ്കാരം ഇരിക്കുന്നു അതാണ് തന്നെ നിർബന്ധിക്കുന്നത് അത് ചെയ്യുന്നത് അപ്പൊ തൻ കർമ്മത്തെ പഴി പറഞ്ഞിട്ട് കാര്യമില്ല തന്നെ പഴി പറഞ്ഞിട്ട് കാര്യമില്ല തന്റെ ചുറ്റുപാടുകളെ പഴി പറഞ്ഞിട്ട് കാര്യമില്ല തനത് ചെയ്യാൻ നിർബന്ധിതനായിരിക്കുന്നു അതുകൊണ്ട് ചെയ്യുന്നു അഭിനയന്തു ചെയ്യണം ആ കർമ്മത്തെ എങ്ങനെ ഈ കർമ്മത്തിൽ രക്ഷപ്പെടാൻ വേണ്ടി ഉപയോഗിക്കാമെന്ന് മാത്രം നോക്കിയാൽ ആ കർമ്മത്തെങ്ങനെ നിഷ്കാമമായി അനുഷ്ഠിക്കാവും നോക്കിയാൽ മതി അപ്പൊ ക്രമേണ ആ കാമങ്ങളെ അവൻ നിഷ്കാമമായി മാറ്റുന്നു താനെങ്ങനെ നിഷ്കാമനാവും എന്താ എന്റെ അടയാളം ആ നിഷ്കാമതയുടെ അടയാളം എന്ന് പറയുന്നത് ഇതേയുള്ളൂ താൻ കർമ്മത്തിൽ നിന്നും പൂർണ്ണമായും മുക്തനാകും ഒരു കർമ്മവും തന്നിലേക്ക് കടന്നു വരാതിരിക്കുക ഒരു കർമ്മവും തന്നെ അവശനാക്കാതിരിക്കുക അങ്ങനെ ഓ എനിക്കിത് ചെയ്യേണ്ടി വന്നല്ലോ ഞാൻ മോക്ഷത്തിനിറങ്ങി തിരിച്ചങ്ങാണ് ഇവിടെ വന്നിട്ട് നാഷണൽ ഹൈവേയിൽ ക്ലീനിങ് ഇങ്ങനെ മനസ്സില് തോന്നിട്ട് വരാതിരിക്കുക കർമ്മപ്രേരണ അനുഭവപ്പെടാതിരിക്കുക ആരോ എന്നെ കൊണ്ടിത് ചെയ്യിക്കുന്നു എന്ന് പറഞ്ഞ് തന്റെ കർമ്മത്തെ സ്വീകരിക്കാതിരിക്കുക അതാണ് ആപ്തകാമത്വം അതെന്താണ് ആത്മനിഷ്ഠയിലുള്ള അപ്പൊ ആത്മനിഷ്ഠയിൽ അവിടെ പിന്നെ പിന്നീട് അവിടെ ഭാഷകാലം പറഞ്ഞിട്ടുണ്ടീതി പിന്നീട് വരുന്ന കർമ്മങ്ങളെ കർമ്മമായി ഗണിക്കാൻ പാടില്ല േഷ്ടി നാംശിൻ പറഞ്ഞു അവൻ ആത്മകാമനാണെങ്കിൽ അവൻ കർമ്മത്തെ നിന്ദിക്കുന്നുമില്ല പ്രശംസിക്കുന്നുമില്ല രണ്ടുമില്ല അതാണ് എന്റെ പരമമായ നിത അവന് കർമ്മങ്ങൾ ഉണ്ടെങ്കിൽ അത് കർമ്മമായി കണക്കാക്കത എന്ന് പറയുന്നത് അത് നമ്മളിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല അതിന് മുമ്പുള്ള സ്ഥിതി നോക്കാം അവന് മുമ്പ് എന്താണ് പ്രവൃത്തി കാണുന്നുണ്ടെങ്കിൽ ഒരുവനൻ അവൻ വിവശനായി അവൻ കർമ്മം ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും അവനൽ ആ കാമുണ്ട് എവിടെയോ സൂക്ഷ്മരൂപത്തിലിരിക്കുന്നത് അപ്പോൾ അവൻ ആ കാമത്തിൽ നിന്നുള്ള മോചനം ആ കർമ്മത്തെ നിഷ്കാമമായി ചെയ്യുന്നതിലൂടെ സാധ്യമാകും വിഭാഷകാരൻ പറയുന്നതനുസരിച്ചാണെങ്കിൽ ആത്മബോധത്തിൽ ആ കർമ്മത്തെ അനുഷ്ഠിക്കുന്നതിലൂടെ സാധ്യമാകും അപ്പൊ അവൻ അവിടെ എന്തായി അവൻ മുമോക്ഷുവായി അവിടെ വിവേചന വിവേചനപൂർവമായി ചെയ്യുക ഞാൻ പറയും അവിടെ കാമനയുള്ള കർമ്മഫലം ഇന്നതെന്ന് നിശ്ചയിക്കപ്പെട്ട് ആ കർമ്മങ്ങൾ ചെയ്യാതിരിക്കുക അവിടെയാണ് കർമ്മത്യാകം എങ്ങനെയാ കർമ്മത്യാഗം പിന്നെ കർമ്മം ചെയ്തു കഴിഞ്ഞാൽ ഇന്ന ഫലം ആവശ്യമായി ഉണ്ടാകും അപ്പൊ ആ കർമ്മത്തിന് ആ കർമ്മഫലത്തിനുള്ള കാമനയാണ് പ്രേരകമായിരിക്കുന്നത് അങ്ങനെയുള്ള കർമ്മങ്ങൾ ചെയ്യാതിരിക്കുക അതാണ് അതിനാണ് ഇവിടെ പറയുന്നത് കാമ്യ കർമ്മങ്ങൾ ഇവിടെ പറയുന്നത് അവിടെ ആ കർമ്മഫലത്തിനുള്ള ആഗ്രഹത്തെ കൂടാതെ ഒരാൾക്കാർ കർമ്മം ചെയ്യാൻ സാധ്യമല്ല കാരണം എന്തുകൊണ്ട് ആ കർമ്മഫലത്തിന് വേണ്ടിയാണ് ആ കർമ്മം അപ്പോ അതിനുവേണ്ടി ചെയ്യും ആ കർമ്മഫലത്തെ കാമിച്ച് അത് പറയുന്നു അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ കർമ്മത്തെ ഒഴിവാക്കുക അതാണ് കാമ്യ കർമ്മങ്ങളെ ഒഴിവാക്കണമെന്ന് പറയുന്നു നിഷ്കാമകർമ്മങ്ങളെ അല്ല നിഷ്കാമകർമ്മത്തെ സംബന്ധിച്ച് എന്താണ് അവിടെ ഈ കർമ്മത്തിന് ഇന്ന ഫലമാണ് ആ ഫലം എനിക്ക് നേടണമെന്നുള്ള ആഗ്രഹമില്ല അതുകൊണ്ട് ആ കർമ്മത്തെ ഒഴിവാക്കേണ്ട ആവശ്യമില്ല കാമ്യകർമ്മങ്ങളെ സംബന്ധിച്ച് അങ്ങനെയല്ല കർമ്മവും ഫലവും തമ്മിലുള്ള ബന്ധം അറിയാം അതറിഞ്ഞുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു ആ കർമ്മത്തിലൂടെ ആ ഫലത്തെ ആഗ്രഹിക്കുന്നു ആ ഫലാഗ്രഹം ഉണ്ടെങ്കിൽ മാത്രം ആ കർമ്മം ചെയ്യാൻ ചെയ്താൽ മതി അതാണ് സ്ഥിതി അവിടെ ആ കർമ്മത്തെ പാടെ ഉപേക്ഷിക്കുക സർവകർമ്മങ്ങളെയും പാടെ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ പിന്നെ നിഷ്കാമകർമ്മം അങ്ങനെ ചെയ്യാൻ പറ്റും സർവ്വകർമ്മം സ്ഥിച്ചവന് പിന്നെ നിഷ്കാമ കർമ്മം ചെയ്യാൻ സാധ്യമല്ല കാമനകളുണ്ടെങ്കിൽ നിഷ്കാമകർമ്മം ചെയ്തേ മതിയാവുകയാണ് കാരണം ആ കാമനകളോട് കർമ്മം വന്നു കഴിഞ്ഞു അപ്പോ കാമന കൂടാതെ പിന്നെ കർമ്മം ചെയ്യുക നിഷ്കാമമായി ചെയ്യുക ഇപ്പോൾ രണ്ടു കൂട്ടരാണ് പ്രധാനമായിട്ടും ഒരു കൂട്ടർ കർമ്മവും ഫലവും തമ്മിലുടെ ബന്ധം മനസ്സിലാക്കി ആ ഫലത്തിന് വേണ്ടി കർമ്മം ചെയ്യുന്നത് വൈദികർ അവരോട് ഭാഷകാരം പറയുന്നു അത് വേണ്ട അത് ഒഴിവാക്കുക എങ്ങനെ നിങ്ങളുടെ അവിവേകം കൊണ്ട് മനസ്സിലാവുക ഈ കർമ്മം ചെയ്ത് ഈ ഫലം ഉണ്ടാകും ഇനി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും സംസാരം അനന്തമാകും അതുകൊണ്ട് അത് ഉപേക്ഷിക്കുക ആ കർമ്മങ്ങളെ പാടെ ഉപേക്ഷിക്കാൻ പറയുന്നു അത് ഉപേക്ഷിക്കുക പക്ഷേ അത് ഉപേക്ഷിച്ചാലും ഉള്ളിലിരുന്ന കാമം പ്രേരിപ്പിച്ച് വീണ്ടും കർമ്മം ചെയ്യാൻ നിർബന്ധിതനാകും അങ്ങനെ വരും എന്തെങ്കിലും ചെയ്തേ മതിയാകും ഒന്നും മാറാൻ പറ്റുന്നില്ല ഇനി കർമ്മം ചെയ്യാൻ ആഗ്രഹമില്ലെങ്കിലും ചെയ്യേണ്ടി വരുന്നു കർമ്മത്തെ വെറുത്താലും ചെയ്യേണ്ടി വരുന്നു കർമ്മം തന്നെ വിടാതെ നീക്കുന്നു അതല്ലേ താൻ കർമ്മം ചെയ്യേണ്ടെന്ന് ആഗ്രഹിച്ചാലും ചെയ്യേണ്ടി വരിക എന്ന് പറഞ്ഞാൽ തണുപ്പ കർമ്മം തന്നെ പിടിച്ചിരിക്കുന്നു താൻ കർമ്മത്തെ പിടിക്കാൻ അങ്ങനെ വരുമ്പോ അവിടെ നിഷ്കാമമായി തീരു അത് ഈശ്വര തത്വത്തെ സ്മരിച്ചുകൊണ്ട് അവിടെ കർമ്മം ചെയ്യുക ആ കർമ്മം കൊണ്ട് കാമത്തെ ഒഴിവാക്കാം അപ്പൊ അവിടെ കർമ്മത്യാഗവും സംഭവിക്കും ആ കർമ്മത്യാഗത്തിന്റെ അടയാളം എന്താണ് കാമനകൾ ഒഴിവാക്കുക അതാണ് കർമ്മത്യാഗത്തിന്റെ ഉള്ളിൽ കാമനകളില്ലേ താൻ കർമ്മത്യാഗിയായി അതൊരു കർമ്മത്യാഗിയല്ല ഞാൻ ആത്മ കാമത്വിച്ച അതിന് ആത്മകാമിയായിരിക്കണം എന്നിട്ട് ആത്മവിദ്യ ഉള്ളവനായിരിക്കണം എന്ന് ആത്മാവിനുള്ള ആ കാമന എന്താണ് അത് ആത്മവിദ്യ ആത്മാവിനുള്ള കാമന തത്വബോധമാണ് അതിനപ്പുറം അവിടെ വേറെ കാമനങ്ങളൊന്നും ആത്മാവ് സ്വസ്വരൂപമാണ് അത് സംസാരശൂന്യമാണ് അതുകൊണ്ടത് ആനന്ദസ്വരൂപമാണ് അതിനെ ബോധിക്കുന്നു അതാണ് ആത്മകാമത്വം ആത്മബോധം തൻ അവിടെ വരുന്നു അവന് കർമ്മത്തിൽ വിവശനായി പ്രവർത്തിക്കേണ്ടി വരുന്നില്ല അവൻ കർമ്മത്തിൽ പ്രവർത്തിച്ചാൽ അത് കർമ്മം അല്ലാതായിത്തീരുന്നു എന്തുകൊണ്ടാത്ത പറയുന്നുവരൂപം അതുതന്നെയാണ് പരമാർത്ഥം കർമ്മങ്ങൾ പരമാർത്ഥമല്ല തദ്വിദോഹി പരപ്രാപ്തി പക്ഷതി ആത്മകാമൻ ആത്മബോധമുള്ളവൻ എന്നവെന്നും ാപ്തി അവന് പരപ്രാപ്തി മോക്ഷപ്രാപ്തി അതാണ് എനിക്ക് പറയാൻ പോകുന്നത് മറ്റു കാമനകളുള്ളവർക്ക് സ്വർഗാദി ലോകപ്രാപ്തി ആത്മകാമന പരപ്രാപ്തി എന്ന് പറയാൻ ആത്മബോധമുള്ളവന് പരമാത്മപ്രാപ്തി ആത്മബോധത്തിൽ കാമനകൾ നശിക്കുന്നു അതോ അവിദ്യ നിവൃത്തം സ്വാത്മന്യവസ്ഥാനം പരപ്രാപ്തി കാമത്തിനും ഹേതുവായിരിക്കുന്ന ആ വിദ്യ ആ വിദ്യാനിവൃത്തിയിൽ സ്വസ്ഥിതി അതാണ് മോക്ഷസ്ഥിതി കർമ്മങ്ങളിൽ നിന്നുള്ള മുക്തി അതാണ് മോക്ഷം അഭയം പ്രതിഷ്ഠാ വിന്ത ഇവിടെ തന്നെ ഇനി പറയും അഭയരൂപത്തിലുള്ള അപ്രതിഷ്ഠയെ നിജസ്ഥിതിയെ നേടുന്നു അതിനഭയം എന്ന് പറയും ഭയരഹിതമാണോന്ന് പറഞ്ഞാൽ അവിടെ ആശങ്കകളില്ല സംശയങ്ങളില്ല ഉത്കണ്ഠകളില്ല എനിക്ക് തന്നെ തന്നെ ശബിക്കേണ്ട വരുന്നില്ല ഈ വികല്പം അതാണ് അഭയം ഈ വികല്പങ്ങളാണ് ഭയത്തെ ഉണ്ടാക്കുന്നത് ആശങ്കകൾ ഉണ്ടാകുന്നത് അതില്ലാത്ത നില അവൻ പ്രാപിക്കുന്നു അസ്ഥിരതയെ പ്രാപിക്കുന്നു തത്വജ്ഞാനം കൊണ്ട് ഏതം ആനന്ദമയം ആത്മാനം ഉപസംക്രാമതി വീണ്ടും അതിനെക്കുറിച്ചെന്ന് പറയുന്നു അതായത് ഇവിടെ ഈ കാമശബ്ദം ഉപയോഗിച്ചല്ലോ ആനന്ദം എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ സാധാരണ ഉദ്ദേശിക്കുന്ന ആഗ്രഹം എന്നുള്ള അർത്ഥത്തിലല്ല ആനന്ദത്തെയാണ് ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് ആഗ്രഹമെന്നും പറയാം പക്ഷെ ഇവിടെ ആനന്ദമയമായ ആത്മാനം സർവകാമനകളും നിവർത്തിച്ചാൽ ശേഷിക്കുന്ന അതാണ് ആനന്ദം നമ്മൾ താരതമ്യിച്ചത് മനസ്സിലാക്കാൻ പ്രയാസമാണ് അതുകൊണ്ടാണ് അതിന് ഭൂമ എന്ന് പറയുന്നത് ഏറ്റവും ബൃഹത്തായത് നമ്മുടെ ബുദ്ധിയിൽ നമ്മുടെ നമ്മുടെ ഇന്ദ്രിയ ഉൾക്കൊള്ളാൻ കഴിയുന്നതിനും അപ്പുറം അതാണ് അത് സാധാരണ നമ്മൾ സ്വപ്നം കാണുന്ന ആനന്ദമൊന്നുമല്ല ആനന്ദമയമായ ആത്മാനം ഉപസംക്രാമതി ഉപസംക്രമിക്കുന്നു എന്നുവെച്ചാൽ ഈ കാമനകളിൽ സംക്രമിച്ചിരിക്കുന്നവൻ്റെ മനസ്സ് ഇതിനെല്ലാം വിട്ടിട്ട് ആത്മാനന്ദത്തിലേക്ക് സംക്രമിക്കുന്നു ഒരു മാറ്റം വരുന്നു അതാണ് ഉപസംക്രാമതി എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് ഒരു മാറ്റം എന്തായാലും വേണം ഈ വൻഷത്തൊക്കെ കേട്ടു കഴിഞ്ഞാലും അതുകൊണ്ട് വിശേഷിച്ച് മാറ്റമൊന്നും വന്നിട്ട് വന്നില്ലെങ്കിൽ പിന്നെ അതുകൊണ്ടെന്താ പ്രയോജനം ഒരു മാറ്റം അവിടെ സംഭവിക്കുന്നു ആ മാറ്റം സംഭവിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാമനകളിൽ നിന്ന് തുച്ഛമായ ഈ ആഗ്രഹങ്ങളിൽ നിന്നെല്ലാം അവൻ വിമുക്തനായിട്ട് അവൻ ആത്മാനന്ദത്തിൽ അവന്റെ ഉള്ള് പരിണമിക്കുന്നു എന്നാണ് അവന്റെ അന്ധകരണം ഈ കാമനകളെ ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഈ അന്ധകരണം ആ കാമനകളെല്ലാം വിട്ട് ആത്മഛായി നിലനിൽക്കുന്നു അതാണ് ഉപസംക്രമണം എന്ന് പറയുന്നത് വേദം ആനന്ദമയം ആത്മാനുപംക്രാമതി ഇത്യാദി ശുദ്ധയിലെ ഇതാണ് എൻ്റെ പരവമായ താല്പര്യം ഇപ്പം കർമ്മ ഉപാദാനം ഏതു കാമമാണ് ആ കാമമാണ് അവനെ അവശനായി കർമ്മം ചെയ്യിപ്പിക്കുന്നത് അവൻ കർമ്മത്തിൽ നിന്ന് ആ കർമ്മത്തിൽ നിന്നും അവശനായി ചെയ്യേണ്ടി വരുന്ന കർമ്മത്തിൽ നിന്ന് അവന് മോചനം വരണമെങ്കിൽ അവന് ഹേതുവായിരിക്കുന്ന കാമത്തിൽ നിന്ന് മോചനം വരണം ആ കാമത്തിൽ നിന്നുള്ള മോചനം ആത്മകാമം കൊണ്ടേ സാധ്യമാകും ആത്മകാമം എന്ന് പറയുന്ന ആത്മബോധം എന്താണ് അവന് ആഗ്രഹിക്കുന്നു ആത്മബോധത്തിൽ എന്താണ് കാമനകൾ ഒഴിയുന്നു കർമ്മം അതിനൊരു മുന്നോടിയായിട്ട് അത് സ്വയം സംഭവിക്കേണ്ടത് അതിനൊരു മുന്നോടിയായിട്ട് വൈദികന്മാരോട് ഭാഷകാരം പറയുന്നു ആ കാമനയുള്ള കർമ്മങ്ങൾ നിങ്ങൾ ഉപേക്ഷിക്കുക ഉപേക്ഷ വേണ്ടെന്ന് വയ്ക്കും അതിനു വേണ്ടിയിട്ടാണ് ഈ ഭാഷ്യഭാഗം അതാണ് പറയുന്നത് അടുത്തു പറയുന്നു കാമ്യപ്രതിഷദ്ധിയോരനാരം ബ്ധി ചോദന ക്ഷയാ നിത്യാനുഷ്ഠാനേന കൃത്യമായ ഭാവാ അയത്നദേവ സ്വത്മന്യവസ്ഥാനം മോക്ഷ മോക്ഷത്തിനുള്ള വഴികളെ കുറിച്ച് മുമ്പും പലരും ചിന്തിച്ചിട്ടുണ്ട് ഭാഷകാരന് മുമ്പ് ചിന്തിച്ച ചിലരുടെ കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് എന്തിന് കർമ്മങ്ങളെ ത്യജിക്കണം ആത്മബോധത്തിന്റെ ആവശ്യം ഇതൊന്നും കൂടാതെ തന്നെ എന്തുകൊണ്ട് മോക്ഷം നേടിക്കൂട ഇതിൽ നിന്നെല്ലാം ഉള്ള മുക്തി അല്ലാതെ സംഭവിക്കാമെന്നാണ് അതിന് ഐകഭവികം എന്ന് പറയും ഇത് ഭാഷയത്തിനും വിശേഷത്തിനും ഇതിന്റെ വാർത്തകത്തിനും സുരേഷ് രാജാൻ സ്വാമികളുടെ വാർത്ത അതിന് ഇതിനെക്കുറിച്ച് വളരെ വിശദമായി ചർച്ച ചെയ്യുന്നുണ്ട് മോക്ഷത്തിന് ചോദിക്കുന്ന ഇതാണ് ഇപ്പോൾ താങ്കൾ ഈ പറയുന്ന ഒരു വഴി മാത്രമേ ഉള്ളൂ വേറെ എന്തെല്ലാം വഴികളും ഒന്നെന്താണ് കാമ്യ പ്രതിഷേധയോ അനാരംഭ ആദ്യ ഒരു കാര്യം അങ്ങ് പറയുന്നതിനോട് ഞങ്ങൾ യോജിക്കുന്നു ഈ കാമ്യവും നിഷിദ്ധവും ഒഴിവാക്കും കാമ്യം കൊണ്ട് സ്വർഗത്തിൽ പോകും നിഷിദ്ധം കൊണ്ട് നരകത്തിൽ പോകും എന്തായാലും ഇത് രണ്ടും അനുഷ്ഠിച്ചുകൊണ്ട് മോക്ഷം നേടാൻ സാധ്യമല്ല അതുകൊണ്ട് ഇതങ്ങ് ഉപേക്ഷിക്കുക കാരണം കാമ ഉള്ളടുത്ത് എങ്ങനെ മോക്ഷമായിരിക്കും കാമുള്ള അടുത്ത് എങ്ങനെ ആത്മവിദ്യ പ്രകാശിക്കും കാമില്ലെങ്കിൽ ഇതങ്ങനെ ചെയ്യാൻ പറ്റും അതുകൊണ്ട് തന്നെ ഉപേക്ഷിക്കുക കാമ്യ പ്രതിഷേധയോരനാരംഭ അത് ഉപേക്ഷിക്കാം ആരാധസിച്ച ഉപയോഗേന ക്ഷയ ഈ ശരീരം സ്വീകരിച്ച് ഇപ്പ ചെയ്യുന്ന കർമ്മങ്ങൾ ബാക്കി നിത്യകർമ്മങ്ങളും പറ്റും ഉപഭോഗേന ചെയ്യാതെ അതെന്തായാലും ഈ ശരീരം നശിക്കുന്നതോടുകൂടി അത് തീരുവണ്ടോ ആരംഭിച്ചതല്ലേ പ്രാരബ്ധം പ്രകാശേണ ആരബ്ധം അത് ഫലം കൊടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞു അത് നശിച്ചോളും നിത്യാനുഷ്ഠാനേന പ്രത്യമായ ഭാവ പ്രത്യപായം ദോഷം പാപം അതെല്ലാം നിത്യകർമ്മ അനുഷ്ഠാനം കൊണ്ട് അത് നശിക്കും ആ നിത്യ നിത്യകർമ്മങ്ങളെ അനുഷ്ഠിക്കുക എന്ന് പറയുമ്പോൾ അന്ന് നിത്യാഗ്നിഹോത്രം പോലെയുള്ള കാര്യങ്ങൾ സന്ധ്യാവന്തനം പോലെയുള്ള കാര്യങ്ങൾ ഗായത്രി ജപം പോലെയുള്ള കാര്യങ്ങൾ ഇതൊക്കെ നിത്യകർമ്മത്തിൽപ്പെടുന്നതാണ് വൈദിക നിത്യകർമ്മം വൈദികസന്ധ്യ ത്രിസന്ധ്യ ान। ान। ം ഇതെല്ലാം നിത്യകരമാണ് ഇതനുഷ്ഠിച്ചുകൊണ്ടേയിരിക്കും ദോഷങ്ങൾ എന്തെല്ലാം ദോഷങ്ങളുണ്ടോ അതെല്ലാം നശിക്കും ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ സാറിന് നമ്മൾ പറയാറുണ്ടല്ലോ ഇതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല വേദാന്തം ഒന്നും മനസിലാക്കേണ്ട കാര്യമില്ല പിന്നെന്താണ് താൻ ചെയ്യാനുള്ള പ്രവൃത്തികളെ ചെയ്താൽ മതി അത് നല്ല കർമ്മങ്ങൾ ചെയ്യുക മറ്റുള്ളവർക്ക് ഉപകാരമുള്ള കർമ്മങ്ങൾ ചെയ്യുക മറ്റൊന്നും വേണ്ട ഞാൻ ആർക്കും ദോഷം ചെയ്യുന്നില്ല എനിക്ക് ഗുണം വേണമെന്ന് പറഞ്ഞ് ഞാനൊന്നും ചെയ്യുന്നില്ല എന്ന് വെച്ചാൽ കാമ്യ നിഷിദ്ധങ്ങളെല്ലാം ഞാൻ ഉപേക്ഷിച്ചിരിക്കുന്നു ആരെങ്കിലും ദ്രോഹിക്കാൻ ചെയ്യുന്നതാണല്ലോ നിഷിദ്ധം എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നതാണല്ലോ കാമ്യ ഞാൻ ചെയ്യുന്നില്ല പിന്നെ ഞാൻ ചെയ്യുന്നത് എന്താണോ പരോപകാരം നിത്യകർമ്മം അത് ചെയ്യുന്നു ഇതിത്രയും മതി ഇതിനപ്പുറം ഒന്നും വേണ്ട എനിക്ക് മോക്ഷം കിട്ടിക്കോളും എന്ന് പറയുന്നുണ്ടല്ലോ അതിനൊന്നുഷേദിക്കുകയാണ് ചോദിക്കുക അതെവിടുന്ന് മോക്ഷം കിട്ടും അത് മോക്ഷം ദൈവം തരും ഈശ്വരൻ തരും അല്ലെങ്കിൽ ഗുരുതരം എന്ന് പറയുന്നുണ്ടല്ലോ എന്നോട് ഭാഷകാരം യോജിക്കുന്നില്ല അയത്നതയേവാ മറ്റൊരു പരിശ്രമത്തിന്റെ ആവശ്യമുണ്ട് ഇത്രയും ചെയ്താൽ മതി നിത്യകർമ്മങ്ങൾ അനുഷ്ഠിക്കുക ഒന്നും ആഗ്രഹിക്കാതിരിക്കുക അന്യർക്ക് ദോഷം ചെയ്യാതിരിക്കുക അങ്ങനെ സ്വാത്മന്യവസ്ഥാനം മോക്ഷ സ്വാത്മ അവസ്ഥാന രൂപത്തിലുള്ള മോക്ഷം ഉണ്ടാകുമെന്ന് പറഞ്ഞാലോ ശരിയാകത്തില്ല ഭക്ഷ്യകാലം പറയുന്നതെല്ലാം മോക്ഷത്തെ സംബന്ധിച്ചുള്ള ഭ്രാന്തികളാണ് അങ്ങനെയൊന്നും ഇത് സാധ്യമല്ല സ്വത്മസ്ഥിതി അപ്തകാമത്വം അത് സാധ്യമല്ല ഇനി മറ്റു ചെറു പറയുന്നു അങ്ങനെയല്ല ഇനി മോക്ഷത്തിന് വേറെ വഴിയുണ്ടാവാ നിരതിശ്ശയായ പ്രീതശബ്ദവാച്ചായഹേതുവർമ്മ മോക്ഷേ വൈദികന്മാര് വിശേഷിച്ചും പറയുന്നു ഇന്നുള്ള ആൾക്കാരും പറയുന്നുണ്ട് നിരധിശയമായ പ്രീതി വളരെ സന്തോഷം അത്യധികമായ ആനന്ദം അതാണെന്ത് സ്വർഗശബ്ദവാച്യായ അതാണ് സ്വർഗം എന്ന് പറയുന്നത് നിരോധിച്ച ആനന്ദം അല്ലാതെ ഇവിടുന്ന് മരിച്ചിട്ട് പോയി വേറെ ഒരു ലോകം മേരുടെ ശിഖരത്തിലിരിക്കുന്ന കാഞ്ചനമയമായ ഒരു ലോകം അവിടെ ദേവന്മാരും അപ്സരസങ്ങളും സോമരസവും ഉള്ളൊരു ലോകം അവിടെ പോയി അങ്ങനെ ആനന്ദിക്കുക അതല്ല അങ്ങനെ അംഗീകരിക്കുന്നു വൈദ്യന്മാർ തന്നെ പറയുന്നുണ്ട് ഒരു വിഭാഗം എന്താണ് അങ്ങനെയൊന്നും ഇല്ല ഉണ്ടെന്ന് പറയുന്നവരുണ്ട് ഇല്ലെന്ന് പറയുന്നവരുണ്ട് പിന്നെന്താണത് പ്രീതി ആനന്ദം അളവറ്റ ആനന്ദം അതാണ് ആ ആനന്ദം ചിലത് പറയുമല്ലോ എനിക്ക് സന്തോഷമെന്ന് പറയുന്നത് എന്തെങ്കിലും ചെയ്യുമ്പോൾ പ്രവൃത്തിയൊക്കെ എടുക്കുമ്പോഴാണ് എല്ലാവരും തന്നെ സന്തോഷിക്കും ിഷ്ടമുള്ള എന്തെങ്കിലും പ്രവൃത്തി ചെയ്യണം ആരും അത് പാരോപണിയാനും പാടില്ല അങ്ങനെയുള്ള ഒരു പ്രവൃത്തി ചെയ്യണം അതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം തരുന്നത് ഈ ജന്മം ഇങ്ങനെയുള്ള ഈ പ്രവൃത്തി ചെയ്ത് ജീവിച്ചാൽ മതി സന്തോഷം തരുന്ന പ്രവൃത്തി ആര് ശല്യപ്പെടുത്താൻ വരും ഗുരുവിനോട് പ്രാർത്ഥിക്കുന്നതാണോ ആരാണോ ശല്യപ്പെടുത്താൻ വരുന്നത് അവന് ഒതുക്കി തരുക എന്റെ പ്രവൃത്തിയിൽ എനിക്ക് ആനന്ദത്തെ തരുക പരമമായ ആനന്ദം എന്റെ മോക്ഷം ഇതാണ് ഈ ജന്മം ഇങ്ങനെ എനിക്ക് മോക്ഷം ഈ മോക്ഷം മതി അതാണ് നിരുദ്ദിശയ പ്രീദേഹേ സ്വർഗ ശബ്ദം അതാണ് സ്വർഗം എന്റെ സ്വർഗം എന്റെ കർമ്മമാണ് എന്ന് പറയും അങ്ങനെ കർമ്മം ചെയ്ത് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട് അങ്ങനെ കർമ്മം ചെയ്ത് പൂർണമായ ആനന്ദത്തിൽ കർമ്മം ചെയ്യണമെങ്കിൽ ഒരു പ്രശ്നമുണ്ട് ഒരു വലുതായ പ്രശ്നം പൂർണ്ണാനന്ദം കർമ്മം ചെയ്യുമ്പോൾ ഒരാൾക്ക് കിട്ടണമെങ്കിൽ തന്റെ മേളിൽ വേറെ ആരും പാടില്ല എല്ലാവരും തന്റെ താഴെയായിരിക്കും അപ്പോ കർമ്മം ചെയ്യുന്നതിലുള്ള രസം കർമ്മം ചെയ്യിപ്പിക്കുന്ന കർമ്മത്തിലുള്ള രസം അത് വലിയ വലിയ ആനന്ദമാണ് കർമ്മം ചെയ്യുന്നതിൽ കിട്ടുന്നതിന് കൂടുതൽ ആനന്ദം കിട്ടും കർമ്മം ചെയ്യിപ്പിക്കുന്നു നിരദ്ദേശയമായ ആനന്ദം കിട്ടും പക്ഷെ തന്റെ മേളിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ കൊണ്ടും ചെയ്യിപ്പിക്കും അപ്പൊ അതെനിക്ക് ഉപദ്രവമായി തീരും അത് വരാൻ പാടില്ല സിഇഒ ആയിരിക്കണം ഏറ്റവും മേള അപ്പൊ അത് ആനന്ദമാണ് പലരും ആഗ്രഹിക്കുന്ന അതാണ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ശ്രദ്ധിക്കുന്നതല്ല മേളിൽ കയറാൻ അവർ തന്നെ അനുഗ്രഹിക്കട്ടല്ലോ താഴെ നിർത്ത കർമ്മം ചെയ്യിപ്പിക്കണം ഇങ്ങനെയൊക്കെ പല ആഗ്രഹങ്ങളുണ്ട് പല ആഗ്രഹങ്ങളുള്ളത് ഞാൻ പറഞ്ഞേയുള്ളൂ ഇവിടെ അങ്ങനെ ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെന്ന് കഴിഞ്ഞാൽ സംശയിച്ചട മനുഷ്യന്റെ ആഗ്രഹം പൊതുവെ ചർച്ച ചെയ്യുന്നു ഭാഷിക്കാരാണത് പറയുന്നു അങ്ങനെയുള്ള അല്ലാതെ ഇങ്ങനെ കർമ്മത്തിലൂടെ ആനന്ദം കിട്ടുന്നു പരമമായ ആനന്ദം കിട്ടണമെങ്കിൽ തന്റെ മേളാരും വരാൻ പാടില്ല താൻ ചെയ്യുകയും ചെയ്യിപ്പിക്കുകയും വേണം അപ്പൊ പരമമായ കിട്ടും അതല്ലാതെ വേറെ സ്വർഗമൊന്നുമില്ല ഇങ്ങനെ കരുതുന്നവർ അവര് സന്തുഷ്ടരാണ് കൃതാർത്ഥരാണ് തന്റെ കർമ്മത്തിൽ കൃതാർത്ഥരാണ് മോക്ഷം ചോദ്യചിഹ്നമേ അല്ല കാരണം താൻ മുക്തനാണ് ആനന്ദം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവൻ മുക്തം തന്നെ കർമ്മത്തിൽ തന്നെ അത് അനുഭവിക്കുന്നുണ്ടെങ്കിൽ മറ്റ് ക്ലേശങ്ങളൊന്നുമില്ല എപ്പോഴും നമ്മൾ ക്ലേശം വരുന്നത് കർമ്മം ചെയ്യുമ്പോഴല്ല കർമ്മം ആരെങ്കിലും തന്നെ കൊണ്ട് ചെയ്യിക്കുമ്പോഴാണ് ക്ലേശം വരുന്നത് കർമ്മം ചെയ്യുന്നതിന് ക്ലേശം അപ്പോൾ കർമ്മത്തിൽ നിന്നുള്ള പൂർണമായ ആനന്ദം ഏതരത്തിലായാലും ശരി അതാണ് അതുകൊണ്ട് കർമ്മഭ്യവ മോക്ഷം കർമ്മം കൊണ്ടാണ് മോക്ഷം അത് നമ്മുടെ അനുഭവം അല്ലെങ്കിൽ നിഷേധിക്കാൻ പറ്റും ലോകത്ത് കാണുന്നതല്ലേ അപ്പൊ പലതരത്തിലുള്ള മോക്ഷ ഈ രീതിയിൽ പറയുന്നു ഇതൊന്നും ശരിയാകത്തില്ലോ ഇതെല്ലാം മോക്ഷമാണെന്ന് നോക്ക് പറയാം ഓ സമയം പോയി ഇതെല്ലാം മോക്ഷമാണെന്ന് പറയാം പക്ഷെ ഇതൊന്നും മോക്ഷമല്ല എന്തുകൊണ്ട് ഭാഷകാലം പറയുന്നു കർമ്മ അനേകത്വമാവ ഈ കർമ്മം എന്ന് പറയുന്നത് നിങ്ങൾ കരുതുന്ന പോലെ ഒന്നുമല്ല ഇതിന് പല സ്വഭാവങ്ങളുണ്ട് ഇത് പലതരത്തിൽ ബന്ധിപ്പിക്കുന്നതാണ് വേണമെങ്കിൽ ഇത് തന്നെ ഉപയോഗിച്ച് രക്ഷപ്പെടാനും കഴിയും അത് വിശ അതടുത്ത് വിശദീകരിക്കും കർമ്മ അനേകത്വ അപ്പോൾ കർമ്മത്തെ അങ്ങനെ ലാഘവുമായിട്ട് കാണരുത് അതിന്റെ ഗുണദോഷങ്ങളെ മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് അടുത്ത ഭാഷകാലം വിശദീകരിക്കുന്നത്